ശിവസമാരംഭാ സമാചരിങ്കരാചാര്യ ശൈശവം ൃഭാഷ്യ വലിയ മൂർത്തിഭേദ വിഭാഗായ മൂത്ത താഹ്ത ത്രീണക്ഷരാ തദ്മൃതം അഥയത്തിന് താഹതാരി ബ്രഹ്മണോ നമക്ഷരാണി ത്രീണ് ത ഈഗാര സക്കാരോചാരണമുബന്ധ ഹർസ്വനൈവക്ഷേ പുനഃനിർദ്ദേശമൃതം സത് ബ്രഹ്മാമൃതവാചക ഇതാണ് ബ്രഹ്മത്തിന്റെ മറ്റൊരു പേര് അതിൽ സത് സു പറയുന്നത് അത് ബ്രഹ്മമാണോ അമൃതമാണോ എന്നാണ് തത് അമൃതം പിന്നെ സ അതിലാണല്ലോ സത്ത് വരുന്നത് അതുകൊണ്ടാണ് സത്തില് സ ആണ് സ സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മ സത് ബ്രഹ്മ അമൃതം അക്ഷരങ്ങൾക്കുള്ള സമ്മാനത കൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് സ ത അതാണ് സ എന്ന് പറയുന്നത് ഇതാണ് സത്തില്ല സുണ്ട് സത് ബ്രഹ്മമൃതവാചകത്വം അതാമൃതൈവ സകാര തകാരഅ തോന് നിർദ്ധിഷ്ഠ അയത്തി അടുത്ത തകാര തത്മർത്യം മർത്യം എന്തുകൊണ്ട് മർത്യത്തിൽ തകാരമുണ്ടോ അതുകൊണ്ട് നശിക്കുന്നത് അത് എം അക്ഷരേന അക്ഷരേന അമൃതമർത്യാക്കിയ പ്രേ അക്ഷരേ ചതികമേ ദിവസീകരോത്യാത്മന ഈ രണ്ടെണ്ണം സത്വം മർത്യവും മർത്യമായിരിക്കുന്ന ഈ ജാഗ്രത്തിലല്ല സത്വം എന്ന് പറയുന്നത് സുഷുക്തി ഇത് രണ്ടും സത്താണ് അതിനാൽ കാണിക്കാണ് എം യമേ നിഗമേ ദിവസീകരോധ്യാത്മനാസ്വ സ്വരൂപേ സ്വരൂപത്തിലാണിതെല്ലാം സംഭവിക്കുന്നത് ജാഗ്രതയും സ്വപ്ന സുശുതിയും ബന്ധിപ്പിക്കുകയാണ് രണ്ടും ഒരു സത്തിലാണ് ഇനി പറയാ രണ്ട് സത്ത് തന്നെയാണ് യസ്മാദ് അനേന യമിത്യനേന ഉഭേ യസ്മാത് എം ഈ ജീവൻ ഈ രണ്ട് അവസ്ഥയിലേക്കും പോകും ജാഗ്രത എന്നുള്ളതുകൊണ്ട് സ്വപ്നത്തിൽ കിടക്കും ഇത് ശകൃഷ്ടാന്തത്തിനും ഇത് പറയുന്നുണ്ട് അത് രണ്ട് ഭാഗത്തേക്കും പോകുന്നു സുരക്ഷിയിലേക്ക് പോകുന്നു ജാഗ്രതത്തിലേക്ക് പോകുന്നു സംയതീയത ബന്ധിച്ചതുപോലെ ഒന്ന് തന്നെ ഈ അന്നതമായ ജാഗ്രതത്തിലേക്കും പിന്നീട് ആ സത്തിലേക്കും പോകുന്നു ബ്രഹ്മനാമക്ഷരസ്യം അമൃതത്വം അതിധർമ്മത്വം പറയുന്നു കേവലം ്രഹ്മ എന്ന് പറയുന്ന ബ്രഹ്മവസ്തുവിന്റെ പേരായ സത്യം എന്ന് പറയുന്നത് ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും സത്യവും അമൃതവും മൃതവും രണ്ടും കിമുത നാമവുത പിന്നെ ആ ബ്രഹ്മത്തിന്റെ കാര്യം പറയാനുണ്ട് ചിന്തിച്ചാൽ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ രണ്ട് ഭാവങ്ങൾ സത്യത്തിന്റെയും അനുദത്തിൻ്റെയും ഭാവം സത്യവും അനുദത്തെയും ബന്ധിപ്പിക്കുന്നതായിട്ട് ഒരു സത്യം തന്നെ ഈ രണ്ട് ഭാവത്തിൽ പ്രകടമാകുന്നതായിട്ട് മഹാഭാഗ്യം ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാമെങ്കിൽ ചിന്തിക്കുന്നവർക്ക് എല്ലാവർക്കും എന്താ അപ്പോൾ ആ തത്വത്തിൻ്റെ കാര്യം പറയാനുണ്ടോ എന്നിങ്ങനെ അതിനെ സ്തുതിക്കുകയാണ് ബ്രഹ്മനാമ നിർവചനേനോന്നാമപുധോം വിത്ത് ഉപാസകനും അതുതന്നെയാണ് അഹരഹർ വായവും ഈ സ്വർഗൻ ലോകമേലി യുക്താർത്ഥം കൊണ്ട് പറയുന്നു അഹരഹർ ദിവസവും ഈ സ്വർഗലോകത്തെ പ്രാപിക്കുന്നുണ്ട് എന്നാലും അറിയുന്നില്ല സർവനും പ്രാപിക്കുന്നുണ്ട് ഉപാസകനും പ്രാപിക്കുന്നുണ്ട് അറിയുന്നില്ല അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപാസന എന്നും ഉപാസനയുടെ മഹത്വത്തെ കാണിക്കുകയാണ് അധയ ആത്മാസു വ്യധൃതിലോകേദം സേതു അഹോരാത്രരോ നൃതുർന്നോകോന്നൂതം നുഷതം സർപ്പാക്നോ അതോ നിവർത്ത അപഹത പാത്മഹേഷ ഏതൊരാത്മാവിലാണോ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രത സ്വപ്നാദി അവസ്ഥകൾ ജീവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞു പ്രസീതതായിരിക്കുന്ന ആത്മാവ് തസ്യ സ്വരൂപം ഭക്ഷ്യമാണേ അനുപ്തീയത അതിന്റെ സ്വരൂപത്തെ ഇവിടെ സ്തുതിക്കുകയാണ് ഇതുവരെ പറഞ്ഞതുകൊണ്ട് പറയാത്തത് കൊണ്ട് ഉക്തവും അനുക്തവുമായത് ഇനി പറയാൻ പോകുന്നത് എല്ലാ രീതിയിലും അതിനെ സ്തുതിക്കുകയാണ് എന്തിനു ബ്രഹ്മചര്യ സാധന സംബന്ധാർത്ഥം ഉപാസകന് ആവശ്യം വേണ്ടതാണ് ബ്രഹ്മചര്യ സാധന അതിനോട് ഇതിനെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ് യേശുദോക്തക്ഷി മാസ ചെയ്തു രു ആത്മാവെന്ന് പറയുന്നത് എന്താണ് അത് ചെയ്തുവാണ് സേതു എന്ന് പറഞ്ഞാൽ എന്താണോ രാമസേതു രാമൻ ലങ്കയിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയാണ് സേതു സേതുവിൻ്റെ പ്രത്യേകത എന്താണത് വെറൊരു പാലമല്ല വെറൊരു അണക്കെട്ടുമല്ല കാരണം പാലം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ മേളിൽ അണക്കെട്ടെന്ന് വെച്ചാൽ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ മാത്രം ഉപയോഗിക്കുന്നു ഇതങ്ങനെയായി ഇത് രാമസേതു എന്താണ് അത് സമുദ്രത്തെ രണ്ടാക്കി അതിൻ്റെ മേൽ കൂടി യാത്രയും ചെയ്യുന്നു അപ്പം മുഖ്യമായി വരുന്നത് അത് രണ്ടാക്കി എന്നുള്ളതാണ് ഒരു സമുദ്രത്തെ രണ്ടാക്കി രണ്ട് ഭാഗത്തേക്ക് സമുദ്രത്തെ മാറ്റി നിർത്തി അങ്ങനെ മാറ്റി നിർത്തുന്ന അതിനാണ് സേതു എന്ന് പറയുന്നത് സേതു വിധ വിധരണ അത് ധാരണം ചെയ്യുന്നു ഈ ആത്മാ സേതുവാണ് ലോകാന അസംഭേതായ പറയുന്നത് ഈ ലോകത്തിൽ സങ്കരം ഉണ്ടാകാതെ സങ്കരം എന്ന് പറയുന്ന ലോകത്തിൽ വ്യവസ്ഥ ചെയ്തുകൊണ്ട് നീക്കുന്ന ഒരു സേതുവാണ് കാരണം സമുദ്രത്തിലെ സേതു വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ ജലത്തിന് ഇപ്പുറത്തോട്ട് വരാൻ പറ്റത്തില്ല ഇവിടുത്തെ ജലം അങ്ങോട്ടും പോകത്തില്ല സേതുവിന് അപ്പുറം വിപുരമായിട്ട് നീക്കും മഹാസമുദ്രം അത് ഏകമാണെങ്കിലും ഒന്നാണെങ്കിലും അവിടെ എന്തു ചെയ്യുന്നു അത് രണ്ടാക്കുന്നു രണ്ട് കടലാക്കുന്നു രണ്ട് കടലിലും പ്രത്യേകിച്ച് അലയും തിരയും ഒക്കെ വേറെയാകുന്നു അത് സേതുവിൻ്റെ വിശേഷതയാണ് അതുപോലെ ഈ ജഗത്ത് സൃഷ്ടിച്ചിട്ട് ഇതിനെ വിധാരണം ചെയ്യുന്നു അതാണ് ഈ ആത്മാവ് അതുകൊണ്ടാണ് അതിനെ ചെയ്തു എന്ന് പറയുന്നത് അത് വിദരണം ചെയ്യുന്നത് അങ്ങനെ ഇതിപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സംപ്രസാദനം എന്ന് പറഞ്ഞു സമ്പ്രസാദനായിരുന്നിട്ടും അതിൽ ജാഗ്രത സ്വപ്ന സുഷൃക്തികൾ മാറി വരുന്നു മാറി വരുന്നുണ്ടല്ലോ ഒന്നും മറ്റൊന്നാകുന്നില്ലല്ലോ ജാഗ്രത ജാഗ്രത ആയിരിക്കുന്നു സ്വപ്നം സ്വപ്നമായിരിക്കുന്നു സുഷൃക്തി സുഷുതി ആയിരിക്കുന്നു പിന്നെ സൃഷ്ടി സൃഷ്ടി വരുമ്പോൾ പഞ്ചഭൂതങ്ങൾ ആകാശം വായു ജലം അഗ്നി പൃഥ്വി ഈ തത്വങ്ങളെല്ലാം അതായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു വ്യവസ്ഥ ഒരു നിയമം അതുണ്ടാക്കുന്നു അതിന് സംതരിത മേടിക്കാൻ ഇതിനെ മറികടക്കാൻ പറ്റുന്നില്ല സേതുവിന് സേതുകളുടെ അടുത്തോളം കാരണം അതിൽ സൃഷ്ടിക്കുക ആ സൃഷ്ടികൾത്താവിന്റെ നിയമങ്ങളെ ഉല്ലംഘിക്കാൻ കഴിയത്തില്ല പ്രപഞ്ചത്തിലാകെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്നുള്ള രൂപത്തിലോ ജാഗ്രസ്വപ്നം സുഷുതി എന്നുള്ള രൂപത്തിലോ എല്ലാമുള്ള രീതി അത് ഭാഷ്യകാരൻ പറയുമ്പോൾ അതിനെല്ലാം പ്രാധാന്യം കൊടുക്കുന്നു ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ വ്യവസ്ഥ ദൈവം സൃഷ്ടിച്ച വ്യവസ്ഥയെന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥകളാണ് അതുകൊണ്ട് ആ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അതിന ഈ സർവം ജഗത് വർണ്ണാശ്രമാതി ക്രിയാകാരക ഫലഭേദാദി ഫലാതിഭേദനീമിഹി വർണ്ണാശ്രമ വ്യവസ്ഥകളൊക്കെ വാസ്തവത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചാണ് അല്ലാതെ ദൈവം സൃഷ്ടിച്ചായിട്ട് പക്ഷെ ഭക്ഷിക്കാരൻ അതിനെ ഈശ്വരൻ സൃഷ്ടിച്ചായിട്ടാണ് കണക്കാക്കുന്നത് സർവവും ഈശ്വര സൃഷ്ടമാണെന്നുള്ള അർത്ഥത്തിൽ അത് ശരിയാണ് അങ്ങനെ ഒരു പിന്നതിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പക്ഷെ വർണ്ണാശ്രമ വ്യവസ്ഥകൾ ഈശ്വര സൃഷ്ടമെന്ന് പറയുമ്പോൾ അതിന് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പറയുന്നു വർണാശ്രമാറുന്നത് ഈ പ്രപഞ്ചത്തിൽ കല്പിച്ചിരിക്കുന്ന ഈശ്വരനാണ് അത് വർണ്ണാശ്രമാദികളോട് ബന്ധപ്പെടാതെയായിരുന്നു ക്രിയാകാരക ബലഭേദം എന്ന് പറയുന്ന ഒരു ജീവനിൽ സദായിരിക്കുന്നു താൻ കർത്താവായിരിക്കുന്നു തനിക്ക് ചെയ്യുന്നതിനൊരു ക്രിയുണ്ട് ആ കർമ്മത്തിന്റെ ഫലത്തെ താൻ അനുഭവിക്കുന്നു ഇതിനൊരു വ്യവസ്ഥയെ ഈശ്വരൻ ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ടാണ് കർമ്മ നിയമാധികാരസ്ഥേ എന്ന രീതിയിൽ ചർച്ച ചെയ്തു കർമ്മത്തിലേ നിനക്ക് അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൽ നിനക്ക് കൈയെടുത്താൻ വയ്യ കർമ്മം ഫലം ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിന്റെ സ്ഥിതിക്ക് സ്ഥിതിക്ക് മാത്രത്തിന്റെ സ്ഥിതിക്ക് മാത്രമാണ് ഈശ്വരൻ വ്യവസ്ഥീകരിക്കുന്നതല്ല സംഹാരത്തിനും ഈശ്വരന്റെ വ്യവസ്ഥയാണ് ഈ നാശത്തിന് സ്ഥിതി മാത്രമല്ല ഈശ്വരൻ സ്ഥിതിയും ഉത്പത്തിയും നാശവും മൂന്ന് ഈശ്വരന്റെ വ്യവസ്ഥക്കനുസരിച്ചാണ് അത് സാധാരണ ആൾക്കാർ എന്താണ് ലോകത്തിൽ നാശം വരുന്നു പ്രകൃതിക്ഷോഭങ്ങൾ വരുന്നു ഈശ്വരനല്ലേ ഈശ്വരനെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു കാരണം ഇത് മൂന്ന് ഈശ്വരൻ്റെ നിയമമാണ് സൃഷ്ടി സ്ഥിതി സംഭാഷ നമ്മുടെ ദൃഷ്ടി നാശമെന്ന് തോന്നുന്നതും ഈശ്വരൻ്റെ നിയമത്തിനനുസരിച്ചാണ് നിലകുന്നത് അതാണ് വാസ്തവത്തിൽ ഇവിടെ സേതു എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ വർണ്ണവും ആശ്രയവുമായിട്ട് മനുഷ്യ സൃഷ്ടിച്ച വർണ്ണവും ആശ്രയവുമായിട്ട് ബന്ധപ്പെടുത്തുക എന്ന് പറയുന്നത് ഷ്യകാൻ്റെ ഒരു ശൈലിയാണ് കാരണം ഈശ്വരൻ ആണത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാലേ അത് അങ്ങനെ നിലനിർത്താൻ പറ്റും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അഹോരാത്രി തരത്തോ ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു കർത്തരനുരൂപം വിദദം ഇതെല്ലാം തന്നെ ഓരോ ജീവനും അനുസരിച്ച് ഈ വ്യവസ്ഥകൾ സദേവസ്വമിതമംഗ്ലാസി കൽപനയിലൂടെ ആ സൃഷ്ടിയുണ്ടായി ഭൂതങ്ങളെ സൃഷ്ടിച്ചു പിന്നെ അതിനെ കൂട്ടിക്കലർത്തിക്കരണം പിന്നെ സൃഷ്ടിച്ച് ഇതെല്ലാം ഒരു നിയമം അനുസരിച്ചാണ് പിന്നെ അതിനെ സംഹരിക്കുന്നു കർത്തൃ അനുരൂപം ഓരോ ജീവനും യോഗ്യമായ രീതിയിലും വൃഷ്ടിയിലും സമൃഷ്ടിയിലും ഉള്ള ഭദ്രതയും അധ്രിയമാണ് ഇതം വിശ്വം വിനശ്യസ്മാൻ അതായത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ ജഗത്തിന് സ്ഥിതി വരത്തില്ല ജഗത്തിനില്ലാതായി പോവും ഇവിടെ എന്താണ് നമ്മൾ കാണുന്ന ജീവിതത്തിൽ എന്താണ് എല്ലാത്തിനും വ്യവസ്ഥയുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയില്ലാതും അധ്രിയമാണ് ഈശ്വരൻ അങ്ങനെ ഒരു ഈശ്വരന്റേതാ വ്യവസ്ഥ ഉണ്ടായില്ലെങ്കിലും ജീവൻ തന്നെ നശിപ്പിച്ചോളെ ജീവനെ നശിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ ജീവനൊരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല കാരണം ജീവനല്ലേ സൃഷ്ടിച്ചത് ഈശ്വരനാണ് ആ ജീവനത്തിന് കുറെ നാശങ്ങളെല്ലാം ചെയ്യാൻ പക്ഷെ പൂർണമായും നശിപ്പിക്കാൻ പറ്റത്തില്ല ആ നാശം പോലും ഈശ്വരനെ അനുവദിച്ചിട്ടുള്ളതിനനുസരിച്ച് അതുകൊണ്ട് വിശ്വം വിനശി വിശ്വത്തിന്റെ നാശമെന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥയില്ലാതെ വരുക സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഉള്ള ഈ പിന്നെ അങ്ങനെ പറയാൻ നമുക്ക് നാശവും അതങ്ങനെയല്ല ഇതെല്ലാം വ്യവസ്ഥാപിതമായി തന്നെ പോകും അത് സേതുർവിധൃതി അതുകൊണ്ടിങ്ങനെ ജഗത്തിനെ ധാരണം ചെയ്യുന്നത് എന്നർത്ഥം സൃഷ്ടിയെ പോലെ തന്നെ സംഹാരത്തിന് സംഹാരം നടന്നെങ്കിൽ പിന്നെ സൃഷ്ടി നിലനിൽക്കത്തില്ല സൃഷ്ടി നിലനിർത്തുന്നതിന് സംഹാരം ആവശ്യമാണ് ചെയ്തുത്യാഹോ യേശാം ഭൂരാധീന ലോകാനാം കർത്തൃകർമ്മഫലാശ്രയണം അസംഭ്യതയായ അവിധാരണായ അവിനാശത് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു വിധാരണം നിലനിർത്തുന്നു ഈശ്വരൻ പറയുന്നു യേശാം ഭൂരാധീന ലോകാനാം ഈ ലോകം നമ്മളറിയുന്ന ഈ ഒരു ലോകമേ ഉള്ളൂ പതിനാല് ലോകങ്ങളെന്ന് പറയും അത് ഭൂരാധീന ലോകാനാം അതിങ്ങനെ കർത്തൃ കർമ്മഫലാശ്രയമാണ് കർത്താവ് കർമ്മഫലം ഇവ ആശ്രയിച്ചിരിക്കുന്ന ഇവയുടെ അസംഭേദായ ഇത് കൂടിക്കല്ലരാതിരിക്കുന്നതിന് വേണ്ടി അവിതാരണായ അവിനാശായ അത് നാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നു നാശം എന്ന് പറഞ്ഞാൽ അമ്പ്യവസ്ഥ ിഷ്ടശ്ശാസ്വസേതുയു ആത്മാനം അഹോരാത്രേ ജന പരിച്ഛേദോഭ്യതം സേതു അഹോരാത്രേ തരൂ ഈ സേതൂന തരണം ചെയ്യാൻ അഹോരാത്രികൾക്ക് ഇതിനെ തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്താ രാവും പകലും ഈ വ്യവസ്ഥയ്ക്ക് വിധേയമാണെന്നർത്ഥം ഈശ്വരൻ്റെ ഇതിനെ തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ വ്യവസ്ഥയ്ക്ക് വിധേയമായി പറയുന്ന പറഞ്ഞല്ലോ ആഹരഹ പ്രതിദിനം ആ ജീവൻ സമ്പ്രസാദാകുന്നു വീണ്ടും ഇതിലേക്ക് വരുന്നു ഈ വ്യവസ്ഥകളെല്ലാം ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതാണ് അഹോരാത്രങ്ങൾ ഈ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ജാഗ്രത സ്വപ്നങ്ങൾ സൃഷ്ടികളെല്ലാം മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് തരണം ചെയ്യാൻ കഴിയുന്നില്ല തഥാ അന്യ സംസാരണ കാലേന അഹോരാത്രണേന പരിച്ഛായും അതുപോലെ പറയുന്നു മറ്റ് സംസാരികളെല്ലാം ജീവന്മാര് അഹോരാത്രാദിക്ഷണേന പരിച്ഛ അഹോരാത്രാദി രൂപത്തിലുള്ള ഈ കാലത്തിൽ പരിമിതരായിരിക്കുകയാണ് അതുകൊണ്ടോ കാലം കൊണ്ട് പരിമിതമാണ് ഓരോ ജീവനും അതുകൊണ്ടാണ് ഒരു ശരീരം സ്വീകരിക്കുന്നു നിലനിൽക്കുന്നു നശിക്കുന്നു തൊത്തായം കാലപരിച്ഛദ്യ പക്ഷേ ആ സേതു അത് കാലം കൊണ്ട് പരിശീലനമില്ല എന്തുകൊണ്ട് അതിനുപത്തിയ നാശങ്ങളൊന്നുമില്ല സാധാരണ നമ്മൾ കരുതുന്നത് പൊതുവെ എല്ലാവരും കരുതുന്നത് എന്താണ് സൃഷ്ടി അത് ഈശ്വരന്റെ നിയമവിധേയമാണ് ഈശ്വരന്റെ അനുഗ്രഹമാണ് സ്ഥിതി അതനുജീവം ആഗ്രഹിക്കുന്നു എന്ന് സ്ഥിതി ചെയ്യണം അതും ഈശ്വരന്റെ നിയമം അനുസരിച്ചാണ് എനിക്ക് നാശം മാത്രം ഈശ്വരന് കയ്യില്ലെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയല്ല സൃഷ്ടി സ്ത്രീയും പോലെ തന്നെ നാശം ഈശ്വരന്റെ നിയമം അനുസരിച്ചാണ് നടക്കുന്നത് ഈശ്വരന്റെ ഇച്ഛയനുസരിച്ചാണ് പക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഈശ്വരനുള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു കാരണം ഈ നാശത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ഈശ്വരനെ പോകുന്നത് തനിക്ക് ഒരു തരത്തിലുള്ള നാശം ഉണ്ടാകരുത് അപ്പം ഈ വർഷം ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈശ്വരന്റെ കാരണം നാശം ആരും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിൽ നിന്നും ഈശ്വരന്റെ അടുത്ത് നിന്ന് ഈശ്വരൻ നാശത്തിൽ തന്നെ രക്ഷപ്പെടുത്തും അതുകൊണ്ട് തനിക്ക് നശിക്കണ്ട എന്ന് കരുതി എല്ലാവരും ഈശ്വരനെ സമീപിക്കും അപ്പൊ അത് എന്തുകൊണ്ട് അത് ഈശ്വര നിയമത്തെ മനസ്സിലാക്കാത്ത നാശവും അവശ്യംഭാവിയാണ് അതും അതെങ്ങനെ സംഭവിച്ചാണ് ഏത് തരത്തിൽ സംഭവിച്ചാലും ശരി സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ല അത് ജീവൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ ജീവന് സ്വാതന്ത്ര്യം ഇല്ലാത്തതെല്ലാം ഈശ്വരന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളാണ് സൃഷ്ടിക്ക് ജീവന് സ്വാതന്ത്ര്യം സ്ഥിതിക്ക് സ്വാതന്ത്ര്യമില്ല നാശത്തിനും സ്വാതന്ത്ര്യമില്ല അതുകൊണ്ടാണല്ലോ നാശം ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈശ്വരനെ ഭജിക്കുന്നത് പക്ഷെ പരമാർത്ഥം നാശവും ഈശ്വരനില് നിശ്ചയമനുസരിച്ചാണ് അപ്പൊ അതിൽ നിന്ന് ഈശ്വരനെ ഭജിച്ചിട്ട് രക്ഷപ്പെടാൻ ഒക്കത്തില്ല നാശത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല നശിക്കാനുള്ളതാണെങ്കിൽ നശിച്ചു തന്നെ തീരും കാരണം അതുകൊണ്ടാണ് നമുക്ക് മൂന്ന് ദേവന്മാർ സൃഷ്ടിക്കും സ്ഥിതിക്ക് മാത്രമല്ല സംഹാരത്തിനൊരു ദേവം സംഹാരം ഇവിടെ ഏതെല്ലാം തിരക്ക് സംഭവിക്കുന്നു അതെല്ലാം ഈശ്വരനാണ് അതുകൊണ്ട് സംഹാരത്തെ ഒഴിവാക്കാൻ വേണ്ടി ഈശ്വരനെ ഭജിക്കേണ്ട കാര്യം ഇല്ല ഈ വർഷമാണ് പ്രളയം വരുന്ന വർഷം അതുകൊണ്ടും ആണ് ഞാൻ പ്രത്യേകം അതിനുവേണ്ടി ഈശ്വരനെ ഭജിക്കേണ്ട കാര്യമൊന്നും അത് ഈ വർഷമാണ് സംഭവിക്കേണ്ടി എന്താണെങ്കിൽ അത് ഈ വർഷം തന്നെ സംഭവിക്കും ഒന്നും ബാക്കി കാണത്തില്ല പക്ഷെ എന്റെ ലക്ഷണമൊന്നും കാണുന്നില്ല ഇന്നത്തെ കഥായും കാലപരിച്ഛേദ്യം പക്ഷെ എന്താണ് ഇതിൽ നിന്നെല്ലാം സ്വതന്ത്രനായിരിക്കുന്നു കാലപരിച്ഛേദ്യനല്ല സൃഷ്ടി കാലപരിച്ഛേദ്യമാണ് അതുകൊണ്ട് അതിന് സൃഷ്ടി തന്നെ സ്ഥിതിയും സംഹാരവും സംഭവിക്കും യസ്മാ അർവാക് സംവത്സരഹോ പരിവർത്തതേ ഇത് ശൃത്യന്തരം പറയുന്നെന്താണ് ഈ സംവത്സരം കാലം നിമിഷം പകല് രാത്രി അങ്ങനെ പക്ഷം മാസം ഏതുക്കൾ സംവത്സരം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു ഈശ്വരന്റെ നിയമം അനുസരിച്ചു ഇതിങ്ങനെ ഇതിനെല്ലാം സംവസൃഷ്ടി സംഹാരങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാ ഏവ ഏനും അതുകൊണ്ടെന്താണ് ജരാതി ഒന്നും ആ തത്വത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കി ഇതിനെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നില്ല ഒരർത്ഥമില്ല എന്തുകൊണ്ടാണോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ മരിച്ചത് നശിച്ചത് പറയും പോലെ ഉള്ളു ും ഈശ്വരന്റെ അനുഗ്രഹത്താണെങ്കിൽ രണ്ടും നടക്കുന്നത് സ്ഥിതിയും നാശവും എന്നാലും നാശത്തെ ഒഴിവാക്കാൻ ജനങ്ങൾ ഈശ്വരനെ ഭരിക്കുന്നു ഈശ്വരൻ അത് ഒഴിവാക്കുമെന്ന് വിചാരിക്കുന്നു അത് വേണം അല്ലെങ്കിൽ പിന്നാരും ഈശ്വരനെ ഭരിക്കാൻ കാണത്തില്ല ന പ്രാപ്നതി തഥാ നമ്മളത്തിൽ സുഹൃതം എന്ന ദുഷ്കൃതം സുഹൃദ ദുഷ്കൃത ധർമാധർമ്മവും ഇതൊന്നും ഈശ്വരന് സംഭവിക്കുന്നില്ല ലോകത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഈശ്വരൻ സേതുവാണ് വിധൃതിയാണ് ഈശ്വരന്റെ നിയമത്തിലാണ് ഇതൊക്കെ എന്താണ് മൃത്യു ശോകം ദുഷ്കൃതം ധർമാധർമ്മങ്ങളല്ല ഈശ്വരനിൽ ഇല്ലാത്തതല്ല ഈശ്വരന്റെ സൃഷ്ടിയാണ് പ്രാപ്തരത്ര ഭരണശബ്ദേനഭിപ്രായാതിക്രമണം അത് ഈശ്വരനിൽ സംഭവിക്കുന്നില്ല കാരണം ഹിയാത്മ എന്തുകൊണ്ട് അതാണ് ഇതിന്റെയൊക്കെ സ്വരൂപം ഈ മൃത്യു ശോകം സുഹൃതം ദുഷ്കൃതം ഇതിന്റെ എല്ലാം വാസ്തവ സ്വരൂപമായിരിക്കുന്നതാണ് ഈശ്വരൻ എന്നു വെച്ചാൽ അതിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് മനുഷ്യന് വ്യാകൊലപ്പെടേണ്ട കാര്യമൊന്നുമില്ല ശക്യം ഹി കാരണാതിക്രമണം കർത്തും കാര്യ ഇതിനെയൊക്കെ മാറ്റാൻ എന്താണ് കാര്യണ കാര്യമായ ഈ ജീവഭാവത്തിന് ഈ മൃത്യുശോക സുഹൃത ദുഷ്കൃതങ്ങളെയൊന്നും മാറ്റാൻ സാധ്യമല്ല പ്രാർത്ഥിച്ച രോഗം മാറുന്നുണ്ട് കഷ്ടപ്പാട് മാറുന്നുണ്ട് അതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അത് ഈശ്വര നിയമം അനുസരിച്ച് സംഭവിക്കുന്നതാണ് അല്ലാതെ ജീവൻ മാറ്റുന്നതല്ല എന്നർത്ഥം നിയമം അനുസരിച്ച് ഈശ്വരന്റെ നിയമം അനുകൂലിച്ച് അതൊക്കെ സംഭവിക്കേണ്ടതാണെങ്കിൽ മാറും എന്നടും അത് ഏത് സംഭവിച്ചാലും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടല്ലോ തീർച്ചയായിട്ടും ഫലം ഉണ്ട് പ്രാർത്ഥനയുടെ ഫലം എങ്ങനെയാ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ചു മരണം ഒഴിവായി രോഗം ഒഴിവായി ശരി പ്രാർത്ഥിച്ചാലും രോഗം ചിലപ്പോൾ മാറുന്നില്ലല്ലോ പ്രാർത്ഥിച്ചാലും മരണം പ്രാർത്ഥിച്ചവരെല്ലാം മരിച്ചിട്ടില്ലേ പ്രാർത്ഥിച്ചവരെല്ലാവരും മരിച്ചു അപ്പോൾ അതോ പ്രാർത്ഥന കൊണ്ടാണ് മരണം ഒഴിവായെങ്കിൽ പ്രാർത്ഥിച്ചവരൊക്കെ മരിക്കുന്നു അപ്പോൾ അതും ഈശ്വരന്റെ നിയമമാണ് അപ്പോൾ അതും പ്രാർത്ഥനയുടെ ഫലമാണോ അതും പ്രാർത്ഥനയുടെ ഫലമാണ് ഇതെല്ലാം ഈശ്വരന്റെ നിയമം അനുസരിച്ച് സംഭവിക്കുന്നതാണ് ഇതിനണം അതിക്രമിക്കാൻ പറ്റത്തില്ല ജീവൻ അതിന് സ്വാതന്ത്ര്യമില്ല ഈശ്വരന്റെ നിയമത്തിൽ ഉത്പത്തിയാണെങ്കിൽ അത് സ്ഥിതിയാണെങ്കിൽ അത് നാശമാണെങ്കിൽ അത് അത് ആ സമയത്ത് സംഭവിക്കും എന്തുകൊണ്ട് കാരണം ഹി ആസി ആത്മാ പറയുന്നു അതിന് കാരണം എന്താണ് ഇത് ഈശ്വരനും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആത്മാവിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സഖ്യം ഹി കർണാതിക്രമണം അതുകൊണ്ട് കർണത്തെ അതിക്രമം ചെയ്യാൻ കാര്യത്തിന് സാധ്യമില്ല അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന തത്വജ്ഞൻ നിശ്ചിന്തനായിരിക്കുന്നു തത്വജ്ഞനെ സംബന്ധിച്ച് സ്വാർത്ഥമായ ഇച്ഛ വളർന്നുണ്ട് എങ്ങനെ പ്രത്യേകിച്ച് ഈ ശരീരാഭിമാനത്തോടുകൂടി ജീവഭാവത്തിൽ പ്രത്യേകിച്ചൊന്നും തന്റേതായ ഇച്ഛ ഒന്നും വയ്ക്കുന്നുണ്ട് എങ്ങനെ എനിക്ക് സ്വാസ്ഥ്യം എനിക്ക് വേണമെന്നോ രോഗം ഇല്ലാതെയാകണമെന്നോ മരണം ഒഴിവാകണമെന്നോ ഇങ്ങനെയുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിച്ചുള്ള സ്വാർത്ഥമായി ചേർന്നത് എങ്ങനെയാണോ ഈശ്വരൻ്റെ നിയമം അതനുസരിച്ച് സ്വാ സ്വാസ്ഥ്യമാണ് വരേണ്ടെങ്കിൽ അത് വന്നോട്ടെ അല്ല ആ രോഗമാണെങ്കിൽ അതായിക്കോട്ടെ അത് ഈശ്വരൻ്റെ നിശ്ചയത്തിന് കൂടുതൽ എന്തുകൊണ്ട് തനിക്കതിനെ അതിക്രമിക്കാൻ ഉള്ള ശേഷി ഇല്ല ഈശ്വരൻ നിയമമായി വരേണ്ടത് അത് വന്നോളൂ ചികിത്സിക്കുന്നതോ മരുന്ന് കഴിക്കുന്നതോ അതൊക്കെ ഈശ്വര നിയമം അനുസരിച്ച് അതും ആ നിയമം അനുസരിച്ച് സംഭവിക്കേണ്ടത് അവിടെ താൻ ഇതിനുള്ള താതന്മ്യപ്പെട്ടൊന്നും ഇച്ഛിക്കുന്നില്ല ബാക്കി കർമ്മങ്ങളോ പ്രവൃത്തിയോ കാര്യമോ കാരണമോ നിമിത്തമോ ഫലമോ ഒന്നുമില്ല എന്നുള്ളത് അത് സർവ്വവും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരന്റെ അനിയമം അനുസരിച്ച് അത് ഈ ശരീരാദി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതാണ് മുക്തനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രത്യേകിച്ച് പരിഭവമില്ല ആശങ്കയില്ല ഉത്കണ്ഠയില്ല ഈ വർഷം ലോക അവസാനിച്ചുക ഞാൻ എന്തു ചെയ്യും അങ്ങനെയുള്ള ഒരു ഉത്കണ്ഠയില്ല ഇതുണ്ടാക്കി വെച്ചാലും നശിച്ചുപോകത്തില്ല അത്തരത്തിലുള്ള ആശങ്കകളില്ല എന്തുകൊണ്ട് അസോഹരാത്രാദിത്യ സർവസതോ കാര്യം ഇതെല്ലാം അതിൻ്റെ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതല്ല ആ സത്തിന്റെ കാര്യമാണ് അതിൽ ആ സത്തിന്റെ നിയമത്തിന് വിധേയമായി താൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യുക അതുകൊണ്ടുതന്നെ സംഗോസ്തു അകർമ്മണി നനക്ക് അക്രമത്തിൽ സംഘം വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അതും വരുന്നില്ല എന്തുകൊണ്ട് ഈശ്വരൻ നിശ്ചയമനുസരിച്ച് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കുന്നു താനതിനൊത്തുപോകുന്നു എന്നുള്ളത് ഇതാണ് തത്വജ്ഞന്റെ നിലപാട് അന്യനഹി അന്യസ്യപ്രാപ്തിരതിക്രമണമാക്കരി തേനീവനും ഒന്നിനും മറ്റൊന്നിനെ പ്രാപിക്കാം അതിനെ അതിക്രമിക്കാം ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ് രാമൻ ഗ്രാമത്തിലെത്തുന്നു ആ ഗ്രാമത്തെ കടന്ന് വേറെ ഗ്രാമത്തിൽ പോകുന്നു ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു പക്ഷെ ഇവിടെ സത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല ഏകമായ സത്തിൽ നദു തേന യുഗത്തൻ തന്നെ ആത്മാശ്രയദോഷം വരും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല നഹി ഖടേനഅത് പ്രാപ്യതയെ അതിക്രമ്യതയുള്ള എന്താ പാത്രം മണ്ണിനെ പ്രാപിക്കുന്നുണ്ടോ മണ്ണിനെ കടന്ന് പാത്രത്തിനപ്പുറത്തോട്ട് സഞ്ചരിക്കാൻ വല്ല വഴിയുമുണ്ടോ മണ്ണിനെ വിട്ടിട്ട് പോവുക അത് പാത്രത്തിന് സാധ്യമാണോ ഇതൊന്നും സംഭവിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ആ സസ്വരൂപത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നിയമവും സത്ത് തന്നെ ചട്ടിച്ചിരിക്കുന്നു മനുസരിച്ച് താൻ എന്ന് ജനിക്കണമെന്ന് താൻ തീരുമാനിച്ചാണ് ഇല്ലല്ലോ അപ്പം താൻ അറിഞ്ഞതുകൂടിയില്ല ഇനി മരിക്കണമെന്ന് താൻ തീരുമാനിച്ചിരിക്കണം അതും അറിയത്തില്ല അതുപോലെ എന്താണ് ആ നിയമത്തിനനുസരിച്ച് സർവ്വ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പാത്രത്തിന് സ്വാതന്ത്ര്യമുണ്ട് ജനിക്കാനും മരിക്കാനും ഒന്നുകൊണ്ട് ഇന്ന സമയം ഞാൻ പാത്രം ആകണമെന്ന് അതിന് വിചാരിക്കാൻ പറ്റത്തില്ല ഇന്ന സമയം ഞാൻ പാത്രം അല്ലാതാകണമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അതെപ്പോഴും മണ്ണായി തന്നെ ഇരിക്കുന്നു അതാണ് പ്രാപ്യതയെ അതിക്രമ്യതയ അതുകൊണ്ടിത് ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ഇവിടുത്തെ സർവ്വ വ്യവഹാരങ്ങളും എല്ലാം സത്ത് തന്നെയാണ് സത്തായി തന്നെ ഇരിക്കുകയാണ് ഇവിടെ ആർക്കും ഒരു ജീവനും പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ഇല്ല പിന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോ അതാ നിയമവിധേയമായുള്ള സ്വാതന്ത്ര്യം പൂർവം യോ ആത്മാപക ആത്മാതി പ്രതിഷേധോക്താ വിഹായം വിശേഷവും തരതീതി പ്രാപ്തി ക്ഷേത്വം പ്രതിഷ്ഠ ഇതൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞാണ് യശാത്മാ അപഹതപാത്മാ പക്ഷേ ഇവിടെ വീണ്ടും പറഞ്ഞു നെയ്തം സേതു അഹോരാത്രി തലതഹ ഇതിനെ അഹോരാത്രികൾ തരണം ചെയ്യുന്നില്ല എന്ന ജല എന്ന മൃത്യ നശോകു എന്ന സുഹൃതം ദുഷ്കൃതം സർവേ പാത്മാനോ അതോ നിവർത്തന്ത സർവപാപങ്ങളും അതിൽ നിന്ന് നിവർത്തിച്ചിരിക്കുന്നു അുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ് ഈ ജഗത്തിന്റെ അസ്വാതന്ത്ര്യത്തെ കാണിക്കും ജീവന്റെ അസ്വാതന്ത്ര്യത്തെ കാണിക്കണം ജീവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈശ്വര നിശ്ചയത്തിന് അധീനമാണ് അത് പറയുന്നത് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലുള്ള അമിതമായ വിശ്വാസം കൊണ്ട് ജീവൻ ഈ ശരീരാദികളോട് താതര്യപ്പെട്ട് അഹന്തയും മമതയും വന്ന് ബന്ധനത്തിൽ നിന്നും മോചിക്കാത്തവരും അതുകൊണ്ടാണ് അതിനിടെ ഊന്നൽ കൊടുത്ത് പറയുന്നു തത്രേഷേണ ജരാദ്യ അഭാവമാത്രമുക്തം അഹോരാത്രാദ്യ ഉക്ത അനുക്തശ്ച അന്യസേ പത്മാന ഉച്ച അതോ അസ്മാത്മനഃ സേതു നിവർത്ത അപ്രാപ്യവ അപഹതപാത്മാവേഷ ലോക ബ്രഹ്മലോകുക്ത ഒന്നുമ്പോൾ പറഞ്ഞത് പറയാത്ത കാര്യങ്ങളെല്ലാം പറയുന്നു സർവപാപത്തെയും ഇവിടെ പറയുന്നു എന്താണ് ഇത് രണ്ടു തരത്തിലും പറയാം ഇതൊന്നും പരമാർത്ഥത്തിൽ അതിലില്ല അല്ലെങ്കിൽ ഈ കാണുന്ന ഇതിനൊന്നും അതിനെ മറികടക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്താണ് ആ സേതു ആ പരമാത്മാവ് ഇതിനെല്ലാം അതിക്രമിച്ച് അത് സ്വയം ഈ തരത്തിലെല്ലാം ഉള്ള അർത്ഥം ഇവിടെ പറയാം അന്ധസ്സൻ അനന്തോ വിധ സവി തസ്തം സേതന്തിഹരേഷോ ഹേശബ്രഹ്മലോക പ്രതിദിനം എത്തിച്ചേരുന്ന ബ്രഹ്മലോകം ഇതിനെ തന്നെ സാധകൻ സാധന ചെയ്തെത്തിച്ചേരുന്ന ബ്രഹ്മലോകം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ബ്രഹ്മലോകം ഒന്നാണെങ്കിലും ഒന്ന് സഹജമായി എത്തിച്ചേരുന്നു അതിനെ ആധ്യാത്മിക ബ്രഹ്മലോകമെന്ന് പറയും അത് ഈ സൃഷ്ടിയുടെ വൈചിത്രി പ്രതി ദിനം എത്തിച്ചേരുന്ന പക്ഷെ പ്രതിദിനം എത്തിച്ചേർന്നിട്ടും പ്രയോജനം ഇല്ലെന്ന് പറഞ്ഞു തോന്നുന്നു അതിനുവേണ്ടിട്ട് ഇവിടെ ശ്രുതി തന്നെ സാധന നിർദ്ദേശിക്കും ഈ സാധനയിലൂടെ എത്തിച്ചേരുന്ന ബ്രഹ്മലോകം അതിന് ആധി ദൈവിക ബ്രഹ്മലോകമെന്ന് പറയും അവിടെ എല്ലാ അസുഖഭോഗങ്ങളുമുണ്ട് പരമാനന്ദമാണ് അതിന് തന്നെ ഇവിടെ സ്വർഗ്ഗലോകമെന്ന് പറയുന്നു അറിഞ്ഞു പോകുന്നു അറിയാതെ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇത് രണ്ടു ഭാവം ഉണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ വാക്കവ് സ്വരൂപം യസ്മാത്മകാര്യം ആന്ധ്യാദി ശരീരവത നത്വശരീരസ്യ ഈ ശരീരം ഇരിക്കുമ്പോഴാണ് പാപകാര്യമായ അന്ധത ബദിരത ഇതെല്ലാം ഉണ്ട് കാരണം ഇതൊക്കെ മനുഷ്യന്റെ ദുഃഖത്തെ ഉണ്ടാക്കുന്നു നിത്യദുഃഖത്തെ ജീവിതത്തിൽ ദുഃഖം അനുഭവിക്കും നിമിത്തങ്ങൾ കൊണ്ട് പക്ഷെ ആ നിമിത്തം മാറുമ്പോൾ ദുഃഖം മാറി സുഖം അനുഭവിക്കുന്ന നിമിത്തം വരുമ്പോൾ നിമിത്തം മാറിയാൽ സുഖവും മാറി പക്ഷെ ജീവിതത്തിൽ നിത്യദുഖണ്ട് അന്ധത ജനിച്ചപ്പോഴേ അന്ധനാണെങ്കിൽ അവൻ നിത്യദുഃഖിയായിരിക്കും ഭദ്രത ഇങ്ങനെയുണ്ട് ശരീരവധ ഈ ശരീരത്തോട് തതങ്ങപ്പെട്ടിരിക്കുന്നു സ്യാ ഇതുവരും എന്നാണ് ഇത് ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ നിത്യ ദുഃഖവും ഇന്നത്തെ അശരീരസ്യ പക്ഷേ അത് ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ ഈ ശരീര താതാത്മ്യം ഉള്ളപ്പോൾ ഈ ശരീര താതാത്മ്യമില്ലെങ്കിൽ അതില്ല തത്വജ്ഞനത്തില്ല ഈ ലോകത്തെ അതിക്രമിച്ചവന് ആ ദുഃഖമില്ല ഏതമാത്മാന സേതു തൃത്വ പ്രാപ്തി അനന്തോ ഭവതി അതുകൊണ്ടെന്താണ് ഈ സേതുവിനെ പ്രാപിക്കുന്നവൻ അനന്തനാകുന്നു ഈ ശരീരത്തിൽ അന്ധദേവനല്ല ഈ ശരീരത്തിൽ അവൻ അന്ധനായിരുന്നാലും ശരി ഈ പരമാത്മാവിനെ പ്രാപിച്ചാൽ അവൻ അനന്തനായിത്തീരുന്നു ദേഹവത്വയെ പൂർവ്വം അന്തോബിസൻ പറയുന്നു ശരീരത്തിൽ അഭിമാനത്തോടു കൂടി ഇരുന്നപ്പോൾ ഒരുവൻ തന്നെ കുറിച്ച് കരുതി ഞാൻ അന്ധനാണ് എങ്ങനെയാണോ ഇപ്പോൾ ഒരാൾ കരുതുന്നു ഞാൻ കണ്ണുള്ളവനാണോ ചക്ഷുഷ്മാനാണോ എന്ന് കരുതുന്നു ദേഹവത്വ ദേഹാഭിമാനോട് കൊണ്ടാണ് ദേഹാഭിമാനം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അന്ധവത്വം ചക്ഷുഷത്വം രണ്ടും ഒരുപോലെ കണ്ണുള്ളതും കണ്ണില്ലാത്തതും ഒരുപോലെ തന്നെയാണ് എന്തുകൊണ്ട് അയാളുടെ പ്രകാശം അത് പ്രകാശമല്ല ഉള്ളിലെ പ്രകാശം ഇതുള്ളപ്പോൾ കണ്ണ് ഉള്ളതും ഇല്ലാത്ത സമയം തന്നെ അങ്ങനെ ദേഹം ഒത്തിരി പൂർവ്വം ഉണ്ടായിരുന്ന സമയം അയാൾ അന്ധനായിരുന്നാലും ഉണർന്നു കഴിഞ്ഞാൽ അത് അനന്തനാണ് തഥാവിധാസൻ ദേഹോത്വ ദേഹവിയോഗി അതുപോലെ തന്നെ അംഗവൈകല്യം വന്നവൻ മറ്റേതങ്ങനെ കൈ പോയി കാല് പോയി ഈ ശരീരത്തോട് താതര്യപ്പെട്ടിട്ട് സ്വയം ദുഃഖിക്കുന്നു ഞാൻ മികൽ അംഗനായതോ അങ്ങനെ ഉണ്ടായിരുന്നാലും ശരി പറയുന്നുവൻ ഈ സേതു തീർത്തു ഈ തത്വത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരം ദോഷങ്ങളൊന്നുമില്ല അവനങ്ങനെ കരുതുന്നില്ല യുദ്ധോഭതി തഥാ ഉപതാപി രോഗാദ്യുപതാപവാൻസൻ അനുപതാപി ഭൗതി അതുപോലെ രോഗാദികൾ പീഡിപ്പിക്കുമ്പോൾ ശാരീരികമായ ദുഃഖം മാനസികമായ ദുഃഖം ഇതെല്ലാം കൊണ്ട് വരയുമ്പോൾ അതെല്ലാം ഈ ദേഹാഭിമാനം ഉള്ളപ്പോഴും ഈ സേതു തീർത്തുക ഈ സേതുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവനങ്ങനെ ആ ദുഃഖമില്ല അത് സുഷത്തിൽ നിന്ന് മനസ്സിലാക്കാം സുഷുത്തിയിൽ അന്ധൻ അനന്തനാണ് വീലാംഗൻ അതല്ല ദുഃഖമുള്ളവൻ ഉപതാപി രോഗാദികം കൊണ്ട് ദുഃഖിക്കുന്നവൻ അവിടെ അല്ല അവിടെ മാത്രമേ പറയാം പിഞ്ച യസ്മത് അഹോരാത്രഹ സേതു തസ്മത് സേതും നക്തമപി സമൂലവും ദാത്രമേ സർവം അഹരേ അഭിനഷ്പിത്യേ എന്നീ സേതുവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അവന് രാത്രിയും പകലാണ് യാസർവഭൂതാന അതിനവിടെ പറയുക അവന് രാത്രിയും പകലാണ് എന്ന് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആത്മപ്രകാശത്തിലാണ് അവന്റെ രാത്രിയും പകലുമെല്ലാം രാത്രിയുടെ അന്ധത മാത്രം അനുഭവപ്പെടുന്ന അജ്ഞനെപ്പോലെയല്ല ആത്മപ്രകാശത്തിലെല്ലാം കാണുന്നു ഏതും സേതും തീർത്തും അപ്രാപ്യ നക്തമപഭി തമോരൂപം ഇരള് രാത്രി ഇരൾ ആണിപ്പോൾ സർവം മഹദൈവ എല്ലാം അവന് വെളിച്ചമാകുന്നു രാത്രിയും പകലാകുന്നു എന്നുവെച്ചാൽ രാത്രി ഉറങ്ങുന്നില്ലെന്നുള്ള അർത്ഥമാണ് ആ പ്രകാശത്തിലെല്ലാത്തിനെയും കാണുന്നു ആ ബോധത്തിലവൻ രാത്രിയും പകലിനെയും കാണുന്നു വിജ്ഞപ്തി ആത്മജ്യോതി സ്വരൂപം അഹരിവഹ സതൈകരൂപം വിധിഷ്ഠ സമ്പത്തിൻ്റെതാണ് രാത്രിയും പകലാകുന്നു പറഞ്ഞാൽ എന്താണ് വിജ്ഞപ്തിയാത്മജ്യോതി സ്വരൂപം അവിജ്ഞാനമായ ആത്മജ്യോതി ആത്മപ്രകാശം അജ്ഞാനസ്വരൂപമാണ് അതാണ് അഹരിവഹ പകലുപോലെ പകലെന്ന് വെച്ചാൽ പകലെന്നുള്ള അർത്ഥം കൊടുക്കരുത് പകല് പോലെ സദാ ഏകരൂപം ഏകരൂപത്തിൽ സത് വിധുഷ സമ്പദ്ദേവി വിധവനങ്ങനെ സത്വനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു സകല വിഭാഗ സദാവിഭാത സദൈകരൂപ സദാ പ്രകാശിക്കുന്നു സേനരൂപണേഷ ബ്രഹ്മലോകസ്വസ്വരൂപത്തിൽ അവനീ ബ്രഹ്മലോകം പ്രകാശിക്കുന്നു ബ്രഹ്മലോകത്തിന്റെ പ്രകാശം സ്വസ്വരൂപത്തിലാണ് ഇവിടെ തത്വജ്ഞനം അല്ലാത്തവന് ഈ കാണുന്ന ോ സതിഥോക്തോര്യണ സ്ത്രീവിഷതൃഷ്ണത്യാഗേന ശാസ്ത്രാചാര്യോപദേശം അനുവിന്തി ബ്രഹ്മലോകം ഈ അവസരങ്ങന പ്രാവിക്കം യഥോക് ബ്രഹ്മലോകം ഈ പറഞ്ഞ ബ്രഹ്മലോകത്തെ ബ്രഹ്മം തന്നെയായ ലോകത്തെ ബ്രഹ്മചര്യേണ ബ്രഹ്മചര്യത്തിലൂടെ എന്താണ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന സ്ത്രീ വിഷയം തൃഷ്ണത്യാഗ സ്ത്രീ വിഷയത്തോടുള്ള തൃഷ്ണ അതിനെ തെയിച്ചുകൊണ്ട് എന്താ സ്ത്രീ വിഷയം എന്ന് മാത്രം പറഞ്ഞത് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മാത്രമേ ഇത് ചിന്തിക്കാറുള്ളൂ സ്ത്രീ ചിന്തിക്കാറില്ല അതുകൊണ്ടാണ് സ്ത്രീ വിഷയം എന്ന് പറഞ്ഞത് സ്ത്രീക്ക് ചിന്തിക്കാനുള്ള അവകാശവും അവസരവും അന്നുണ്ടായിരുന്നില്ല ഇതെഴുതിയ കാലത്ത് ഉപനിഷത്തിന്റെ കാലത്തല്ല ഇതെഴുതിയ കാലത്ത് അതിനെ അങ്ങനെ തന്നെയാണ് ഭക്ഷ്യകാരൻ കരുതിയിരുന്നത് പുരുഷൻ ചിന്തിച്ചാൽ മതി ഇതൊക്കെ സ്ത്രീ തന്നെ ചിന്തിക്കേണ്ട ഇവിടെ എഴുതണ്ടേ പുരുഷ വിഷയ കൃഷ്ണാത്യാഗേന എന്തുകൊണ്ട് എഴുതിയില്ല അതുകൊണ്ടാണ് സ്ത്രീ വിഷയ കൃഷ്ണാത്യാഗേന തൃഷ്ണത്യാഗം അതാണ് ബ്രഹ്മചര്യം കാമത്യാഗം ശാസ്ത്രാചാര്യ ഉപദേശം അനുവിന്ദ അത് വേണം ആ ബ്രഹ്മചര്യം വേണം ഇവിടെ പറയുന്ന ഉപാസകന് ആ ബ്രഹ്മചര്യം എന്ന് പറയുന്ന സാധനയോടുകൂടി ശാസ്ത്ര ആചാര്യ ഉപദേശം ശാസ്ത്രത്തിന്റെ ആചാര്യന്റെ ഉപദേശത്തെ തുടർന്ന് സ്വപ്നസംധിതാവാതി അതിനെ സാക്ഷാത്കരിക്കുന്നു സ്വത്മസമ്മേതിരൂപമാണെന്നറിയുന്നു സ്വത്മാവായി അതിനെ ഗ്രഹിക്കുന്നു ഈ തേഷാം ബ്രഹ്മചര്യ സാധനവതാം ബ്രഹ്മവിതാം മേശ ബ്രഹ്മലോക അങ്ങനെയുള്ള ബ്രഹ്മചര്യ സാധന ഉള്ളവർക്ക് അവർക്ക് മാത്രം എന്ന് പറയുന്നു ഭാഷ്യകാലം പറയുന്ന ഗൃഹസ്ഥന്മാർക്ക് ശരിയാവത്തില്ല കാരണം അവർക്ക് ബ്രഹ്മചര്യ സാധന ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ബ്രഹ്മചരി സാധനപതാം ബ്രഹ്മവിതാം അങ്ങനെയുള്ള യേശ്രഹ്മർക്കാണ് അപി എന്ന് പറയുന്നു മറ്റുള്ളവർക്കില്ല എന്ന് പറഞ്ഞാൽ ആർക്ക് മറ്റുള്ളവർക്ക് സ്ത്രീ വിഷയ സമ്പർക്ക ജാത കൃഷ്ണ സ്ത്രീ അത് പ്രത്യേകം പൊതുവെ എല്ലാ കാമത്യാഗമാണ് ബ്രഹ്മചര്യെന്ന് പറയുന്നത് സ്ത്രീ വിഷയതൃഷ്ണ മാത്രമാണ് അല്ലെങ്കിൽ പുരുഷ വിഷയതൃഷ്ണ മാത്രമാണ് പക്ഷെ ഇവിടെ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്നു സ്ത്രീ വിഷയ സമ്പർക്കം സ്ത്രീ വിഷയത്തോടുള്ള സമ്പർക്കം കൊണ്ടുണ്ടാകുന്ന തൃഷ്ണ എന്ന് പറയുന്നു ആ തൃഷ്ണ ആ തൃഷ്ണയെ തിരിക്കാത്തവൻ ബ്രഹ്മവിതാം ഈ തത്വത്തെ അറിയുന്നവനായാലും ശരി എന്നറിയാം കാരണം ഈ തത്വത്തെ അറിയുന്നതിന് ബ്രഹ്മചര്യം വേണമെന്നില്ലല്ലോ വേദം എല്ലാ വൈദികമായ പശ്ചാത്തലത്തി ഒന്നും ഉണ്ടെങ്കിൽ അത് മനസ്സിലാകും കാരണം വേദം ഗുരുവിൽ നിന്ന് ഉപനയനം ചെയ്യുന്നു വേദം ഗുരുവിൽ നിന്ന് അധ്യയനം ചെയ്യുന്നു പിന്നെ അതിൻ്റെ അർത്ഥവിചാരം ചെയ്യുന്നു സ്വാഭാവികമായിട്ടും എന്താണ് കർമ്മം എന്താണ് ബ്രഹ്മം എന്നറിയുന്നു അധ്യനം ചെയ്തവരെല്ലാം ബ്രഹ്മവിത്തുക്കളാണ് പക്ഷെ അതിൽ വിഷയതൃഷ്ണയുള്ളവർ എന്നുവെച്ചാൽ ഗ്രഹസ്ഥ ധർമ്മത്തിലിരിക്കുന്നവർ അവർക്കിത് കിട്ടത്തില്ല ഈ ബോധം ഉണ്ടാകത്തില്ലെന്നാണ് ഭാഷ്യക്കാരന്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായമല്ല ഈ ഗ്രഹസ്ഥന്മാരെ നില കേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കയില്ല ഭാഷയത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ വിഷയ സമ്പർക്ക ജാഥ തൃഷ്ണ എന്നൊക്കെ പറയുന്നു സന്യസിക്കത്തിന് വേണ്ടി സന്യാസത്തിന് വേണ്ടി പറയുന്നു സന്യാസിക്കാന്ന് വെച്ചാൽ സ്ത്രീ വിഷയ സമ്പർക്കം അവിടെ ഇല്ലാതെയാവുന്നു സന്യാസം കൊണ്ടുണ്ടാവുന്നു ഗൃഹത്തെ തെറ്റിക്കുന്നു ഗാർഹസ്ഥ്യത്തെ ഇരിക്കുന്നു ഭാര്യയില്ല അപ്പോ സ്ത്രീ വിഷയ സമ്പർക്കമില്ല അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന തൃഷ്ണയില്ല മനസ്സിൽ മാസക്തിയും മറ്റും ഉണ്ടാകുന്നു മറിച്ച് വേദാധ്യയനം ചെയ്തു ധർമ്മവിചാരം ചെയ്തു ഗൃഹസ്ഥ ധർമ്മത്തിൽ തന്നെ തുടരുന്നു അവിടെ സ്ത്രീവിഷയ സമ്പർക്കമുണ്ട് സന്യാസം വരുന്നത് അപ്പം അതിന് അവൻ ബ്രഹ്മത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞെങ്കിലും പ്രയോജനമില്ല എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത് അതുകൊണ്ടാണ് സർവകർമ്മ സന്യാസപൂർവകമായ ആത്മജ്ഞാനനിഷ്ഠ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് ഭാഷ്യകാരൻ ോകേഷു കാമാരോഭവതി പറഞ്ഞാണ് തസ്മാ പരമം ഏത് സാധനം ബ്രഹ്മചര്യം ബ്രഹ്മവിതാം ഇത്യഭിപ്രായ അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ ബ്രഹ്മോപാസകർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സാധനമാണ് ഈ ബ്രഹ്മചര്യം എന്നാണ് ശ്രുതിയുടെ താല്പര്യം ഇനി അതിനെ തന്നെ സ്തുതിക്കുന്നു ജ്ഞാന സഹകാരി സാധനാനന്തരം ബ്രഹ്മചര്യാഖ്യം വിതാദവ്യം അടുത്ത ബ്രഹ്മചര്യത്തെ പ്രത്യേകം വിധിക്കുന്നു സ്തുതിക്കുന്നു കാരണം എന്തുകൊണ്ട് അത് ജ്ഞാനത്തിന് സഹകാരി സാധനമാണ് യജ്ഞാതി വിശ്വത്വതി കർത്തവ്യാർത്ഥം യജ്ഞാദികളോടൊപ്പം അതിനെ സ്തുതിക്കുന്നു അത് കർത്തവ്യമാണ് അനുഷ്ഠിച്ച് തീരും ഭാഷകാരൻ സന്യാസത്തെ വിധിച്ചിരിക്കുന്നത് അതിനെ പറയുന്നതിൻ്റെ ഒരു മുഖ്യമായ ഒന്ന് ഒന്ന് കർമ്മത്യാഗം മറ്റൊന്ന് ബ്രഹ്മചര്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ബ്രഹ്മചര്യ നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് അത് കൂടിയേ കഴിയുമെന്നാണ് ഭാഷകാരൻ്റെ പറയാൻ പക്ഷേ അതിനോട് എല്ലാവരും യോജിക്കുന്നില്ല ഭാഷകാലം പറയുന്ന തരത്തിലുള്ള ബ്രഹ്മചര്യോ अथ ये तब्रह्मचर्य क्य यो जम विंदते अथ यते ब्रह्मचर्य तद्रह्मेण ह्य इनमते അതായത് യജ്ഞ ഇത്യാജിഷ്ട പരമപുരുഷാർത്ഥ സാധനം കഥയും ജ്യിഷ്ടാർത്ഥ ബ്രഹ്മചര്യം വിവാദമെന്ന് പറയുന്നു ഈ ലോകത്തെ യജ്ഞം അതും ബ്രഹ്മചര്യം തന്നെ കാരണം യജ്ഞം ബ്രഹ്മചര്യത്തിൽ അന്തർഭവിക്കുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് യജ്ഞസ്യാമി തദ്ധം തദ്ബ്രഹ്മചരി വാതി അത് യജ്ഞ്രഹ്മചരി വി നമ്മൾ യജ്ഞം ചെയ്യുന്ന എന്തിനാ സ്വർഗത്ത് പോവുക അന്ന് സ്വർഗത്തിവിടെ പറഞ്ഞല്ലോ ആഹരഹ എന്നും സ്വർഗത്ത് പോകുന്നുണ്ട് അവന് അതിനുവേണ്ടി യജ്ഞം ചെയ്യേണ്ട കാര്യമുണ്ട് പക്ഷെ അങ്ങനെ പോയിട്ടും അറിയുന്നില്ലല്ലോ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഉപാസന ചെയ്താൽ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ആ സ്വർഗ്ഗ ലോകത്ത് എത്തിച്ചേരാം അതിന് യജ്ഞത്തിൻ്റെ ആവശ്യമില്ല അല്ല അതിലേതെങ്കിലും ഒന്നും ചെയ്താൽ പോരാ കാരണം യജ്ഞം ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സാധന സാമഗ്രികളൊക്കെ സംഭരിക്കേണ്ടി വരും കാലദേശങ്ങളൊക്കെ നോക്കേണ്ടി വരും യജ്ഞം അതിന് ഒരുപാട് ആവശ്യമാണ് ഇവിടെ ബ്രഹ്മചര്യത്തിന് അതിൻ്റെ ആവശ്യമാണ് ബാഹ്യമായ യജ്ഞത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് യജ്ഞശാപിയത് ഫലം യജ്ഞ ഇത്യാവശ്യം ഒക്കെ പരമപുരുഷാർത്ഥ തദ്ചര്യവും അതുകൊണ്ട് യജ്ഞം എന്ന് പറയുന്നു ബ്രഹ്മചര്യം തന്നെ ബ്രഹ്മചര്യം പാലിക്കുന്നവനും വേറെ യജ്ഞത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് സന്യാസി സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്നവനെന്ന് പറയുന്നു കാരണം സർവകർമ്മങ്ങളുടെയും ഫലം സർവകർമ്മങ്ങളും അനുഷ്ഠിച്ചു കിട്ടുന്ന ഫലം സർവകർമ്മങ്ങളും ചെയ്തിട്ട് കിട്ടുന്ന ഫലം അത് തന്നെ സർവകർമ്മങ്ങളെയും തേച്ചാലും പിന്നെന്തിനാ കർമ്മം ചെയ്യുന്നത് ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണോ കർമ്മം ചെയ്യുന്നത് വളരെ ക്ലേശകരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് വൈദ്യ കർമ്മങ്ങളാണോ ഉദ്ദേശിക്കുന്നത് അവസാനം കിട്ടുന്ന എന്താ സ്വർഗം പറയുന്നു ആ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒന്ന് എന്നും ആ സ്വർഗത്ത് പോകുന്നുണ്ട് ഒരു കർമ്മം ചെയ്യാത്തവനും യോതിഷ്ഠം ചെയ്യാത്തവനും എന്നും സ്വർഗത്ത് പോകുന്നുണ്ട് രണ്ട് ഇതിനെല്ലാം തെജിച്ചാനും കിട്ടുന്നത് ആ സ്വർഗം തന്നെ അനുഷ്ഠിച്ചാലേ കിട്ടുമെന്ന് നിർബന്ധപൂർവം കരുതുന്നത് തെജിച്ചാനും കിട്ടും അതുകൊണ്ട് ആ ത്യാഗത്തിലൂടെ ബ്രഹ്മചര്യത്തിലൂടെ ഈ ഫലം കിട്ടുന്നത് കൊണ്ട് യജ്ഞവും ബ്രഹ്മചര്യമേവാ യജ്ഞവും ബ്രഹ്മചര്യം തന്നെ അതിലന്തർഭവിച്ചിരിക്കുന്നു സഹ്മലോകം യജ്ഞസ്യ പാരമ്പര്യ ഫലഭൂതം ബ്രഹ്മചര്യണ വിമേഷയോ ജ്ഞാതം ബ്രഹ്മചര്യത്തിലൂടെ ഏതൊരു ലോകത്തെയാണ് പ്രാപിക്കുന്നത് അത് തന്നെ യജ്ഞത്തിലൂടെയും പ്രാപിക്കുന്നത് അതങ്ങനെ സാധിക്കും യജ്ഞത്തിലൂടെ പറയുന്നു പാരമ്പര്യത്ത് പറഞ്ഞിരിക്കുന്നത് യജ്ഞസ്യഭി പാരമ്പര്യമാണ് നേരിട്ട് കഴിയത്തില്ല ബ്രഹ്മചര്യത്തിലൂടെ എത്തുന്ന ബ്രഹ്മലോകത്തെ യജ്ഞത്തിലൂടെ പ്രാപിക്കാൻ സാധ്യമല്ല യജ്ഞത്തിലൂടെ ചിത്തശുദ്ധി വന്നു അതിലൂടെ ഉപാസനയിലൂടെ ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കാൻ കഴിയും അതാണ് ബ്രഹ്മചര്യാണ് വിജയസ്മതിയുജ്ഞാദാസ ോക യജ്ഞസാപി പാരമ്പര്യ ഫലഭൂതം പിന്നതെ ലഭുത അതോ യജ്ഞര്യമോ അതുകൊണ്ട് യജ്ഞം ബ്രഹ്മചര്യമാണ് യജ്ഞം ബ്രഹ്മചര്യത്തിന്റെ ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നുണ്ട് യജ്ഞാതെയ്ത് അക്ഷനാലൂർത്തേറെ യജ്ഞ ബ്രഹ്മചര്യമേവ അതുകൊണ്ട് യജ്ഞം ബ്രഹ്മചര്യം ഇപ്പൊ ബ്രഹ്മചര്യത്തെ പാലിക്കുന്നവനും മറ്റ് യജ്ഞങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല അതും സൂചിപ്പിക്കുന്നു മറ്റു കർമ്മങ്ങളുടെയൊന്നും ആവശ്യമില്ല അത് പാലിച്ചാൽ മതി ഏറ്റവും ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നവനും മറ്റ് ധർമ്മങ്ങളൊന്നും പാലിക്കേണ്ട കാര്യമില്ല എല്ലാത്തിനും അന്തർഭവിച്ചിരിക്കുന്നു അതേ ഇത് ഇഷ്ടം ഇത്യാദ്യക്ഷേ തത് ബ്രഹ്മചര്യം യുവ ഇഷ്ടപൂർത്ത കർമ്മങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞല്ലോ അത്തരം ഇഷ്ടാദി കർമ്മങ്ങൾ അതും ബ്രഹ്മചര്യത്തിനൊക്കെ ബ്രഹ്മചര്യവ സാധനേന തമ്മീശ്വരം ഇഷ്ട പൂജയിത്തുവാ അഥവാ യേശുന ആത്മാവിഷയം കൃത്വ തം ആത്മാനം അനുവിന്ധേ ബ്രഹ്മചര്യം കൊണ്ട് അർച്ചിട്ട് സ്വകർമ്മണ തമഭ്യർത്ഥ്യ സിദ്ധിമിന്ദതി മാനവാ എന്ന് പറഞ്ഞത് അത് തന്നെ കൂടെയും പറയുന്നു ഗീത ഇതിന്റെ സാരമെന്ന് പറയുന്നു ഇപ്പം ഈശ്വരം ഇഷ്ടുവ പൂജയിത്തുക അഥവാ യേശുന ആത്മവിഷയം കൊടുത്തു അല്ലെങ്കിൽ എന്തിനാ യജ്ഞം ചെയ്യുന്നു യേശുനെ ഉള്ളതുകൊണ്ട് ആഗ്രഹമുള്ളതുകൊണ്ട് അതിൻ്റെ ഫലാഗ്രഹം പറയുന്നിവിടെ ആ യേശുനെ ആത്മവിഷയം കൊടുത്തു അത് ആത്മാവിനെ കുറിച്ചായിക്കോട്ടെ ആ യേക്ഷണ തം ആത്മാനോ അനുവിന്ദതേ അങ്ങനെ ആത്മാവിനെ പ്രാപിക്കുന്നു കർമ്മഫലത്തിലുള്ള ഏഷനയാണെങ്കിൽ അതിനെ പ്രാപിക്കും ആത്മപ്രാപ്തിക്കുള്ള ഏശനാണെങ്കിൽ അതിനെ പ്രാപിക്കും അതുകൊണ്ട് എന്താണ് ഇഷ്ടവും അങ്ങനെ ഓരോന്നിനെയും പറയും അധയ സത്രയണമെ ബ്രഹ്മചര്യമേ തത് ബ്രഹ്മചര്യേണി സത ആത്മനസ്ത്രാണം വി അധയത് മൗനം ഇയാഗക്ഷേ ബ്രഹ്മചര്യമേവ യാക്ഷേത്രമേക്ഷണം <tod> അതും ബ്രഹ്മചര്യം തന്നെ സദ പരസ്മാത്മന ആത്മസ്ഥാന എന്ന് പറയുന്നത് അല്ല അതും ബ്രഹ്മചര്യമാണ് കാരണം ബ്രഹ്മചര്യത്തിലൂടെയാണ് ആത്മരക്ഷ സംഭവിക്കുന്നത് ബ്രഹ്മചര്യമാണ് ആത്മാവിനെ രക്ഷിക്കുന്നത് സസ്വരൂപത്തെ രക്ഷിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് മുക്തമാക്കുന്നത് അത് ബ്രഹ്മചര്യമാണ് സത്രായണംായണശ്ദമോ അഥവാ മൗനം ഇത്യാകൃഷ്ടടുത്ത് പറയുന്നു മൗനം എന്ന് പറയുന്നു ബ്രഹ്മചര്യമൗനമിത്യാ ആചർഷത്തെ ബ്രഹ്മചര്യമ്രഹ്മചര്യവ സാധനയുടെ യുക്തസന്നാത്മാനശാസ്ത്രാചാര്യഭ്യ അന്വിദ്യ പശ്ചാത്മനുധ്യായും ബ്രഹ്മചര്യം ആവശ്യമാണ് ബ്രഹ്മചര്യ നൈവ സാധനയുക്തൻ ബ്രഹ്മചര്യമാകുന്ന സാധനത്തോടുകൂടിയവനായി ആത്മാനശാസ്ത്രാചാര്യേഭ്യ അനുവിദ്യ പശ്ചാത്തമനസ് ആത്മസ്വരൂപത്തെ ശാസ്ത്ര ആചാര്യന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ധ്യായ ധ്യാനിക്കുന്നു ഉപവാസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതിന് ബ്രഹ്മചര്യ സാധനം ആവശ്യമാണ് അങ്ങനെ മനസ്സ് നിക്ഷിപ്തമായ വിഷയങ്ങളിലേക്ക് പോകും അതോ മൗനശബ്ദവും ബ്രഹ്മചര്യമേവ അതുകൊണ്ട് മൗനം എന്ന് പറയുന്നതും ബ്രഹ്മചര്യമാണ് മൗനമായിരുന്നു ധ്യാനിക്കുന്നു എന്ന് പറയുന്നു അതും ബ്രഹ്മചര്യമാണ് ഇവിടെ പറഞ്ഞു എന്താണ് യന് മൗന വിദ്യാശിഷ്ഠതേ ബ്രഹ്മചര്യമീവ മൗനമെന്ന് പറയുന്നതും ബ്രഹ്മചര്യമാണ് ഇവിടെ മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കില്ല ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കില്ല മനതേ ധ്യാനം ഉണ്ടാതിരിക്കുന്നില്ല ധ്യാനത്തിന് മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട് മനനോടെ നടക്കുന്നുണ്ട് ഇതൊക്കെ പ്രത്യേക പ്രവാഹം ജാതിയെ പ്രത്യേക അതുകൊണ്ട് അതും അതും ബ്രഹ്മചര്യമാണ് അപ്പൊ മൗനശബ്ദം അഭി ബ്രഹ്മചര്യമ ബ്രഹ്മചര്യത്തിന്റെ വിപുലമായ അർത്ഥം പറയാൻ സത്രായണം ബ്രഹ്മചര്യത്തിലൂടെ തന്നെ രക്ഷിക്കുന്നു ജീവൻ ഈ സംസാരത്തിൽ പെട്ടുലയാതെ ആ ജീവന്റെ സ്വരൂപം അത് സൂക്ഷിക്കുന്നു കാത്തു സൂക്ഷിക്കുന്നു അത് സത്രായണം അതുകൊണ്ട് അതും ബ്രഹ്മചര്യമാണ് ആത്മരക്ഷ അതും ബ്രഹ്മചര്യമാണ് ശിവ മൗനം ആത്മമനനം അതും ബ്രഹ്മചര്യമാണ് എങ്ങനെ എങ്ങനെയെങ്കിലും പുറ ശാസ്ത്രാചാര്യ അഭ്യാ ശാസ്ത്രാചാര്യ ഉപദേശം അനുസരിച്ചുള്ള ആത്മമനനം അത് ബ്രഹ്മചര്യമാണ് മൗനശബ്ദമപി മനന്റെ രൂപത്തിലുള്ള പശ്യതിര്യവിന്ദ്രമേവ അർണ ബ്രഹ്മലോകൃതീയ ദിവ തതൈരം മദീയം സര തദ് സോമവനപരാജിതാ ബ്രഹ്മണ പ്രഭുവിരണം അത് യശകാ ഇയാഗക്ഷേ ബ്രഹ്മചര്യമ എം ആത്മാനം ബ്രഹ്മചര്യേണ അനുവിന്ദ്രോ അനാശകീ ബ്രഹ്മചര്യമേവാ തപസ്സിനെ സൂചിപ്പിച്ച് പറയുവാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയം ബ്രഹ്മചര്യത്തിന്റെ ഒരു ഭാഗമായി വരുന്ന തപസ് ബ്രഹ്മചരി ഒരു തപസ്സമാത്മാനം ബ്രഹ്മചര്യാണ് അനുവിന്ദതേ അതും ബ്രഹ്മചര്യം കൊണ്ട് നേടുന്നു മേഷാത്മാ ബ്രഹ്മചര്യ സാധനമത് നശ്യത്തി ആ ബ്രഹ്മചര്യുള്ളവനെ സംബന്ധിച്ച് നശിക്കുന്നെന്താ പ്രദേശാത്മാ നശ്യതി സാധനമുള്ളവനെ സംബന്ധിച്ച് അവൻ ബ്രഹ്മത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല അതാണ് അതിന്റെ നാശം അനാശകായനമൊക്കെ ബ്രഹ്മചര്യ അതുകൊണ്ട് അതും ബ്രഹ്മചര്യമാണ് അതായത് അരണ്യനാച ബ്രഹ്മചര്യം അരണ്യായനം എന്താണ് അരണ്യനം എന്ന് പറഞ്ഞാൽ പച്ചാർത്ഥം മനത്തിൽ വസിക്കുക എന്നുള്ളതാണ് ഇവിടെ അതെന്നു പറയുന്നത് അരണ്യശബ്ദയോർ അരണവയോർ ബ്രഹ്മചര്യവതു അരണ്യനം ബ്രഹ്മചര്യം അര അരണ്യശ്ദം ർണവ ശബ്ദമുണ്ട് അരണ്യശബ്ദയോർ അർണവയോ ആ രണ്യമാണ് രണ്ടണ്ണം അർണവം ബ്രംഭജര്യതോ ഇത് അയന അരണ്യനം ആ ണ്യ അർണവുന്നു ഇത് അരണ്യനം ഇത്യാജേക്ഷത ആരണ്യോർ അര അർണവയോർ ആ റിണ അങ്ങനെ വരുന്നു അത് ശ്രുതി എന്ന് പറയുന്നതാണോ ഇവിടെ പറയുന്നു അരണ്യാനുവിദ്യാശ്രീ ബ്രഹ്മചരി രണ്ട് കാര്യത്തിൽ പറയുന്നു അരണ്യ ബ്രഹ്മചരിവിതോ അരണ്യ ആയ അരണ്യ രണ്ട യൗനം അനശനം ഇപ്പാർത്ഥ സാധനസ്തുതത് ബ്രഹ്മചര്യം പരമം ജ്ഞാന സഹകാര്യ കാരണം സാധനമിത്യോ ബ്രഹ്മവിധാ യത്നദോ രക്ഷണീയം ജ്ഞാനാദ്യജ്ഞ നേരത്തെ പറഞ്ഞു യജ്ഞം തന്നെയാണ് വേഷമുള്ളതുകൊണ്ട് ഇഷ്ടം തന്നെയാണ് ബ്രഹ്മചരി സദത്രാണാദ് സത്രായണമാണ് ബ്രഹ്മെന്ന് പറഞ്ഞു സത്തിനെ ആത്മാവിനെ മനനാഥ് മൗനം ചിന്തിക്കുന്നുണ്ട് അതിനെ മൗനമെന്ന് പറഞ്ഞു അനശനാ അന്നം കഴിക്കാതിരിക്കുക അശനാഥ് അനാശകായനം അടുത്ത് അരണ്യോ ഗ് അല്ലെങ്കിൽ അങ്ങനെ അടുത്ത് പറയാം വനത്തിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അരണ്യ രണ്ടോടുക ഗമനാ അരണ്യായനം അങ്ങനെ അരണ്യനം എന്ന് പറയും അരണ്യ വ്യക്തിക്കും എന്താണ് മഹദ്ധി പുരുഷാർത്ഥ സാധനം ഈ സ്തുതത്വം ഇതെല്ലാം പുരുഷാർത്ഥ സാധനങ്ങളാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് ബ്രഹ്മചര്യം ബ്രഹ്മജ്ഞാന സഹകാരികാരണം സാധനം അതുകൊണ്ട് ബ്രഹ്മചര്യമാണ് ജ്ഞാനത്തിന്റെ സഹകാരികാരണം ഏറ്റവും മുഖ്യമായ സഹകരികാരണം അതാണ് സാധനവും അതുകൊണ്ട് വളരെ പരിശ്രമിച്ചാലനുസരി ബ്രഹ്മത്തെ ബ്രഹ്മചര്യത്തെ രക്ഷിക്കണം യജ്ഞക്ഷണിക്കും ബ്രഹ്മചര്യം രക്ഷിക്കണം സന്യാസം വേണം ഗൃഹസ്ഥ ബ്രഹ്മത്തെ ഉപേക്ഷിക്കണം സ്ത്രീ സംഘത്തെ ഉപേക്ഷിക്കണം എന്നിട്ട് സന്യാസം നിഷ്ഠയിലിരിക്കണം ഇതാണ് ഭാഷക്കാരന്റെ മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇപ്പൊ തത്രമലോകി അഹരണവും സമുദ്രവും ആ ബ്രഹ്മലോകം ആധി ദൈവികമായ ബ്രഹ്മലോകത്തിന്റെ കാര്യം പറയു അവിടെ എന്തുണ്ട് അർണവു സമുദ്രവും സമുദ്രപമേ സരസി അവിടെ ഒരു സരസുണ്ട് സമുദ്രം പോലത്തെ ഒരു വലിയ തടാകമുണ്ട് തൃതീയസ്യാം ഭുവം ഇത് ഭൂലോകം അടുത്ത ഭൂർലോകം അതിനപ്പുറമുണ്ട് മൂന്നാം ലോകം സ്വർഗം എന്ന് പറയുന്നതിന് അത് തന്നെ ഭുവം അന്തരീക്ഷം അപേക്ഷ ഈ ഭൂലോകവും ഈ അന്തരീക്ഷവും കടന്നു മൂന്നാമതൊരു ലോകമുണ്ട് തൃതീയ ജൌഹു തസ്യാം തൃതീയശ്യാം ആ മൂന്നാമത്തെ ലോകം ഇതു ലോകാദ് അരഭ്യ ഗണ്യമാന ഇവിടെണ്ണി നോക്കുക ഇത് ഭൂ അടുത്ത് ഭൂവ അതിൻ്റെ അടുത്ത് വരുന്നത് ലോകം അന്തരിച്ച ലോകം അവിടെ ഉണ്ട് ഒരു സരസ് ഉണ്ട് ഒരു തടാകമുണ്ട് അവിടെ എങ്ങനെ തടാകം ഭൂമിയിലുള്ള തലാകമുണ്ട് അല്ല അവിടെയുണ്ട് തടാകമെന്നാണ് പറയുന്നത് അതിന് അവസാനം ചോദിക്കുക അതെന്ത് തടാവമാണ് ഇതുപോലെ തലാകൊന്നും ചെയ്ത് പാർത്ഥിവണോ ആപ്യമാണോ ജലമയമാണോ അതൊന്നുമല്ല അത് നമ്മുടെ ഉള്ളിലുള്ള തടാകമാണ് പുറമേ കാണുന്നത് പോലെയല്ല അസ്മാരഭ്യ ഗണ്യമാനായ ഇവിടെ നണ്ണി ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ലോകത്തിനും ഇര അന്നം തന്ന ഐരോ മണ്ടസ്തേന പൂർണ്ണം ഐരം മതീയം തതുപയോഗിതം മതകരം ഹർഷോത്പാദകം സരഹ പറയുന്നു അവിടെ ഒരു സരസുണ്ട് ആ സരസിന്റെ പ്രത്യേകത എന്താണ് ഇരന്ന് വെച്ച അന്നം തന്മയ ഐരോ മണ്ടഹ അതിൽ നിന്നുണ്ടാകുന്ന അന്നത്തിൽ നിന്നുണ്ടാകുന്ന മതിപ്പിക്കുന്ന സാധനം അന്നത്തിൽ നിന്നും ഉണ്ടാകുന്ന മതിപ്പിക്കുന്ന സാധനം എന്താണ് വാറ്റിയെടുക്കുന്ന സാധനം അതാണ് അതുപോലൊരു സാധനം അതല്ല അതിന് അവിടെ പോകേണ്ട കാര്യമില്ല അതുപോലെ ആനന്ദത്തെ ഉണ്ടാക്കുന്ന അമൃതം എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ഒരു സാധനമുണ്ട് ഐരോ മണ്ഡപത്തേന പൂർണ്ണം അതും ഐരം മതീയം അതും നിറഞ്ഞൊരു തടാകം ഉണ്ട് അവിടെ ആ എന്താ തത് ഉപയോഗിന മതകരം അതുപയോഗിക്കുന്നവർക്ക് മതത്തെ ഉണ്ടാക്കുന്നത് ഏതുപയോഗിച്ചാലാണ് മതത്തെ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചല്ല പറയുന്നത് ഹർഷോത്പാദനം ആനന്ദത്തെ ഉണ്ടാക്കുന്ന ഒരു സരസം തന്നെ എപ്പോഴും അങ്ങനെ ഇവിടെ പോയാൽ അത് പിടിച്ച് ഇങ്ങനെ വധിച്ചിരിക്കും ഇതുകൊണ്ടാണ് സ്വാമിമാരൊക്കെ കഞ്ചാവൊക്കെ അടിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടാണ് അങ്ങനെ ഒരു തടാകമുണ്ട് അവിടെ ഇങ്ങനെ അമൃതം ഒഴുകുന്നുണ്ട് സോമരസം ഒഴുകുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ആനന്ദിപ്പിക്കുന്ന ഒന്നുണ്ട് ആലങ്കാരികമായ ഭാഷയിൽ പറയുകയാണ് പിന്നെ മറ്റൊന്നുമുണ്ട് മനുഷ്യനെ ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തൊക്കെ ഒരു മതത്തിലിരിക്കുക ആനന്ദത്തിയിരിക്കുക അതിനനുസരിച്ച് പറയുന്നു അങ്ങനെ ഇതൊക്കെ സ്തുതിപരമായി പറയുകയാണ് തത്രയം അശ്വത്ഥപുഷം അവിടെ അശ്വത്ഥപിക്ഷമുണ്ട് സോമസവനോ നാമത സോമസവനോ എന്നാ അതിൻ്റെ പേര് സുമമൃതം നിസ്്രവോ അമൃതസ്രവ ഇരിക്കുക അതിനൊന്നിങ്ങനെ അമൃതം സ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുടിക്കാം അവിടെ ആനന്ദിക്കാം ഇതൊക്കാല ഭാഷ ഇവിടെയെല്ലാം ആനന്ദം എന്ന് പറയുന്നത് ആ തന്നെ അവിടുത്തെ ഈ സരസ് എന്നു പറയുന്ന സ്വന്തം മനസ്സ് തന്നെ അവിടത്തെ ഈ മതിപ്പിക്കുന്ന സാധനം എന്ന് പറയുന്നത് ജ്ഞാനമാണ് ആ തരത്തിലൊക്കെ അതിൻ്റെ താത്വികമായ അർത്ഥത്തെ മനസ്സിലാവും ത്രയും ബ്രഹ്മലോകെ ബ്രഹ്മചരിപരാജിതാഗർഭ്യുന്നു ഈ ഹിരണ്യഗർഭന്റെ നഗരമാണ് അത് കീഴടക്കണമെങ്കിൽ ബ്രഹ്മചരിയും വീണം ബ്രഹ്മചരില്ലാതെയാണ് അവിടെ മഹാഭാരതത്തിനും പറയുന്നത് സൂര്യമണ്ഡല ഭേദികളായി രണ്ടുപേരും പരിഭ്രാട് യോഗ യുക്ത യോഗയുക്തനായ പരിഭ്രാട് എന്ന് വെച്ചാൽ ബ്രഹ്മചേരിയെ സാധനം അനുഷ്ഠിക്കുന്ന പരിപ്രാജകനും അവിടെ എത്തിച്ചാലോ ഇവിടെ ഈ ബ്രഹ്മലോകത്തിന് നടത്തും ഇത് പറയുന്നു ഈ പ്രതിദിനം എത്തിച്ചേരുന്ന ബ്രഹ്മലോകമാണ് പക്ഷെ എന്നാലും അവിടെ എത്തിച്ചേർന്ന ഈ പറയുന്ന വിദ്യയില്ല അവിടുത്തെ സരസ് ഇല്ല അത് ഹർഷ മതോന്മത്തനാകാനൊന്നും പറ്റുന്നില്ല അതിന് ഈ ഉപാസന വേണം അതിന്റെ ഫലം വേണം പ്രഭുണ വിശേഷീണം ഇതം നിർമ്മിതം ഇത് ആരാണ് ആ ബ്രഹ്മ പ്രഭു നിർമ്മിച്ച ഉപാസന ജീവിച്ചല്ലെന്നവർക്ക് അവിടെ ആനന്ദിക്കാൻ വേണ്ടി തച്ച ഹിരൺമയം സവർണം പ്രഭു വിമിതം മണ്ഡപം അതെന്താണ് സുവർണമയമായ അതായത് മനുഷ്യന് ഏതിലൊക്കെയാണ് പ്രലോഭനം ഉണ്ടാകുന്നത് അതിനെല്ലാം പറ കാമത്തിൽ പ്രലോഭനം ഉണ്ടാകും സ്വർണത്തിൽ പ്രലോഭനം ഉണ്ടാകും സ്വർണം പിന്നെ ഇതിന് കള്ളിൽ പ്രലോഭനമുണ്ടാകും അതിനോടൊക്കെ താരതമ്യപ്പെടുത്തി പറയുകയാണ് അതൊക്കെ അവിടെയും കിട്ടും നിങ്ങളിവിടെ ഇത് ഉപാസിച്ചാൽ മതി എന്നു പറഞ്ഞാലങ്ങോട്ട് പോകത്തുള്ളൂ ഇതിനോടൊക്കെ താല്പര്യമുള്ളൂ അതുകൊണ്ട് അതുപോലെ അതിൻ്റെ ഭാഷ ഉപയോഗിച്ച് പറയുന്നു താല്പര്യം വേറെയാണ് കാരണം ഇത് പറയുന്നത് ആധ്യാത്മികമായി പ്രതിദിനം എത്തിച്ചേരുന്ന ബ്രഹ്മലോകത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് ഉപാസന ചെയ്താൽ അവിടെ തന്നെ എത്തിച്ചേരാം പക്ഷെ അവിടെ വേറെയാണ് ഉപാസകൻ ബ്രഹ്മലോകത്തിലെത്തിച്ചേർന്ന് ക്രമമുക്തി പോകുന്ന വഴിയും ഇനി അടുത്ത് പറയും ലൗകികമായ വിഷയഭോഗങ്ങളിൽ മൊഴി കിടക്കുന്ന മനുഷ്യനോട് ഇത്തരം തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും അതുകൊണ്ട് ഈ രീതിയിലൊക്കെ ഇതിനെ വർണ്ണിക്കുന്നു േണ അനുവിന്ദ ബ്രഹ്മലോകു ലോകേഷ ബ്രഹ്മലോക ആരണ്യാഖ്യോട്ടു ബ്രഹ്മചര്യ സാധനേനാനുവിന്ദന്തി ആരാണോ ഈ ബ്രഹ്മലോകത്തെത്തിച്ചേരുന്നു ബ്രഹ്മചര്യം കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മലോകത്തെ വ്യാഖ്യാനിച്ചത് ബ്രഹ്മചര്യ സാധനമതാം ബ്രഹ്മവിദാം സർവേഷു ലോകേഷു കാമചാരോ ഭതി അതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ നന്യേഷാം ബ്രഹ്മചര്യവരാണാം ബാഹ്യവശി ആസക്തബുദ്ധീനാം കഥാചിത് അതിന്റെ അതാണ് യും ഇതിനെങ്ങനെ വർണ്ണിച്ചെന്നതിന് കാരണം ബാഹ്യവിഷയ ആസക്ത ബുദ്ധികളായ ജീവന്മാർ ഇതിനൊക്കെയാണ് താല്പര്യം അവർക്കും മതം ഉണ്ടാവണം അവർക്കും സ്വർണം വേണം മണ്ഡപം വേണം സ്വർഗത്ത് പോകണം ഇതൊക്കെയാണ് പക്ഷെ ഇത് സാധിക്കത്തില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അബ്രഹ്മചര്യവരാണ് ആ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാത്തവന് ഇതൊന്നും സാധിക്കത്തില്ല എന്തുകൊണ്ട് ബാഹ്യവിഷയ ആസക്ത ബുദ്ധിനാണ് നത്രത്രമ ഇതിഥാ കസ്തൂയത മഹാർഹ എവദി ശബ്ദർ കിട്ടിയതിവിഷയ തൃഷ്ണമാത്രം സ്തുയർ തോക്ഷസാധനത്താതിയത പറയുന്നു നന്വദ്ര തുമന്ദ്ര സ്തും വരണ ഇത്യാദിക രാജാവിനെയും മറ്റും അവിടെ വൈതാളികന്മാർ സ്തുതിക്കാറുണ്ട് എന്താണ് നീ ആണ് ഇന്ദ്രൻ നീയാണ് വരണൻ നീയാണ് ദേവൻ നീ ചക്രവർത്തിയെ സ്തുതിക്കുന്നു അതുപോലെ മഹാർഹയേവ ഇഷ്ടാദിപി ശബ്ദി അതുപോലെ അങ്ങനെ പൂജനീയനായ ഒരാളെ സ്തുതിക്കുകയാണിത് എന്ന സ്ത്രീയാദിവിഷയതൃഷ്ണാന് വൃത്തി മാത്രം സ്തുത്യർഹം അതുകൊണ്ട് സ്ത്രീയാദിവിഷയതൃഷ്ണാനുവൃത്തിയല്ല ഇവിടെ സ്തുതിക്കുന്നത് അങ്ങനെ എന്ന് പറഞ്ഞ ഇവിടെ ബ്രഹ്മചര്യത്തിനൊന്നും പ്രാധാന്യമില്ല എന്നാ ഗാർഹസ്യത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല ഭാര്യ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല ജ്ഞാനം മതി എന്ന് പറയുന്നവരുണ്ടല്ലോ അവർക്ക് സമാനം പറയാണ് കിൻദർ ഹി ജ്ഞാന മോക്ഷസാധനത്വേവ ഇഷ്ടാതിയതെ അങ്ങനെ പറയുന്നു ജ്ഞാനമാണ് മോക്ഷനം അതിനെ സ്തുതിക്കുകയാണ് എന്ന് ചിലത് പറയുന്നു കാരണം ബ്രഹ്മചര്യം ബ്രഹ്മചര്യൊന്നും ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് ചിലർക്ക് ഇഷ്ടമില്ല അവർ പറയുന്നത് ബ്രഹ്മചര്യത്തെ സ്തുതിക്കുന്നതല്ല ഇന്നെന്താണ് രാജാവിനെ സ്തുതിക്കുന്നതിന് ഇന്ദ്രനാണ് ചന്ദ്രനാണ് എന്നൊക്കെ രാജാവ് ഇന്ദ്രനായതുകൊണ്ടാണോ അല്ല എന്നാലും അങ്ങനെ ശ്രദ്ധിക്കുന്നു സന്തോഷിപ്പിക്കാൻ വേണ്ടി അതുപോലെ ഇവിടെ ജ്ഞാനത്തെ സ്തുതിക്കുകയാണ് ജ്ഞാനമാണ് പ്രധാനപ്പെട്ടത് ബ്രഹ്മചര്യമില്ല എങ്ങനെ ജീവിച്ചാലും മതി ജ്ഞാനം നേടിയാൽ മതി എന്ന് ചിലത് പറയാറുണ്ടല്ലോ ഈ അദ്വൈതം തന്നെ ഗൃഹസ്ഥന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അവരങ്ങനെ വ്യാഖ്യാനിക്കും അവരും ബ്രഹ്മചര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഭാര്യ മക്കളും ഒക്കെ ആയിരുന്നാലും ശരി ജ്ഞാനം നേടാം എന്ന് പറയും എന്തുകൊണ്ടത് മോക്ഷസാധനത്വ അതുകൊണ്ട് എവിടെയൊക്കെ സ്തുതിച്ചിട്ടുണ്ടോ അതൊക്കെ ജ്ഞാനത്തെ സ്തുതിക്കുന്നതാണ് ബ്രഹ്മചര്യത്തെ സ്തുതിക്കുന്നതല്ല ഇത് കേജി എന്ന് പറഞ്ഞാലോ ഭാഷകാരനത് സമ്മതമുള്ള കാര്യമില്ല എന്നാ എന്തുകൊണ്ട് സ്ത്രീയാദി ബാഹ്യ വിഷയ കൃഷ്ണ അപഹൃതചിത്താനം പ്രത്യേക വിവേക വിജ്ഞാന അനൂപത്തെ വീട്ടിലിരുന്ന് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടിരിക്കുന്നു അതിനോടൊക്കെ ബാഹ്യവിഷയ കൃഷ്ണ അപഹൃത ജിത്താനോ ആ വിഷയങ്ങൾ മനസ്സിന് അവഹരിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിലൊന്നും വിടാൻ വയ്യ അതിനോട് അത്യധികമായ ആസക്തിയുണ്ട് കാമുണ്ട് അതുകൊണ്ടാണ് അവിടെ പിടിച്ച് തൂങ്ങിയിരിക്കുന്നത് അവർക്ക് പ്രത്യേക ആവുന്ന വിവേകവിജ്ഞാനുഭവത്തെ അവർക്കൊരിക്കലും പ്രത്യേക ആകുന്ന വിവേകവിജ്ഞാനുണ്ടാകത്തില്ല ഭാഷകാലിന് നിർബന്ധമുള്ള കാര്യങ്ങൾ അത് ഉണ്ടാകണമെങ്കിലോ അത് വിടണം അതുകൊണ്ട് ബ്രഹ്മചര്യത്തെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഗാർഗസ് ഉണ്ടായി അതിനെ സ്തുതിക്കുകയാണ് ബ്രഹ്മചര്യം കൂടിയെ തീരു നിർബന്ധിക്കുകയാണ് ഇത് ഭാഷ്യകാരന്റെ പക്ഷമാണ് പരാഞ്ചി ഖാനിബത്തിന്റെ സ്വയം ഭൂത്തസ്മാരാം അതിനെ ബഹിർമുഖമായി സൃഷ്ടിച്ചു അതുകൊണ്ട് അന്തരാത്മാവിനെ അറിയുന്നില്ല ഇത്യാദി ശ്രുതി സ്മൃതി ശതേഭ്യ എത്രയോ ഭാഗത്തെല്ലാം പറയുന്നുണ്ടോ ജ്ഞാന സഹകാരികാരണം സ്ത്രീയാദി വിഷയതൃഷ്ണാനി വൃത്തി സാധനം വിധാദ വി മേവേദി വിദ്യാഭ്യാസ അതുകൊണ്ട് ജ്ഞാനത്തിന്റെ സഹകാരി കാരണമായിരിക്കുന്ന സ്ത്രീയാദിവിഷയതൃഷ്ണാനി വൃത്തി സ്ത്രീ മാത്രമല്ല മറ്റുള്ള എല്ലാ വിഷയങ്ങളും ആ വിഷയതൃഷ്ണ പഞ്ചേന്ദ്രിയങ്ങളുടെയും ഗ്രഹിക്കുന്ന വിഷയങ്ങളോളാനിവൃത്തി സാധനം ബ്രഹ്മചര്യം അതാണിവിടെ വിധിക്കുന്നത് അതുകൊണ്ട് അതിനെയാണ് ശ്രദ്ധിക്കുന്നത് ഞാനത്തെ അല്ല അതുകൊണ്ട് ബ്രഹ്മചര്യം അതായത് സന്യാസം കൂടിയെത്തീരുമെന്നാണ് ഭാഷ്യകാല പക്ഷം എന്താണെന്ന് വെച്ചാൽ യജ്ഞാതി വിസ്തൃതം ബ്രഹ്മചര്യം ഇതി യജ്ഞാധീനം പുരുഷാർത്ഥ സാധനത്തെങ്കും വിധം പറയുന്നു യജ്ഞമാണ് ബ്രഹ്മചര്യം എന്നും മറ്റും പറഞ്ഞല്ലോ ഇഷ്ടമാണ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ ഇഷ്ട ഇഷ്ടപൂർത്ത കർമ്മങ്ങൾ ഇതെല്ലാം യജ്ഞാദികളും പുരുഷാർത്ഥ സാധനമാണെന്ന് പുരുഷാർത്ഥ സാധനത്വങ്ങതേ പറയുന്നത് സത്യങ്കേ ശരിയാണ് യജ്ഞാദികളും പുരുഷാർത്ഥ സാധനമാണ് പക്ഷേ അദ്ദേഹം പ്രതി യജ്ഞാദീന സാധനത്വം അഭിപ്രായ യജ്ഞാതികൾ ബ്രഹ്മചര്യ സ്ത്രീയതേ പറയുന്നു പക്ഷേ ഈ ബ്രഹ്മലോകത്തിന് യജ്ഞാദികൾ കാരണമെന്ന് പറഞ്ഞല്ല അതിനെ യജ്ഞാദികൾ പുരുഷാർത്ഥ സാധനമാണ് പക്ഷെ ഇവിടെ പറയുന്ന ബ്രഹ്മലോകം യജ്ഞാദികൾ കൊണ്ട് അതുകൊണ്ടല്ല യജ്ഞാദികൾ ബ്രഹ്മചര്യ സ്ത്രീതേ ഗിന്ദ്രീ തേശാം പ്രസിദ്ധം പുരുഷാർത്ഥ സാധനത്തെ അപേക്ഷിച്ച് അപ്പം യജ്ഞാദികൾക്ക് അതിൻ്റെതായ പുരുഷാർത്ഥങ്ങളുണ്ട് അതിനെ അപേക്ഷിച്ചിട്ട് പറയുകയാണ് അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത് ബ്രഹ്മചര്യത്തിലൂടെ പ്രാപിക്കുന്ന ബ്രഹ്മലോകം എന്ന് പറഞ്ഞ് അതിനെ സ്വദിക്കുകയാണ് യജ്ഞാദികൾ കൊണ്ട് നേടുന്ന സ്വർഗത്തേക്കാൾ വലുതാണ് ബ്രഹ്മചര്യമാകുന്ന സാധനത്തിലൂടെ നേടുന്ന ബ്രഹ്മലോകം എന്നിങ്ങനെ സ്തുതിക്കുകയാണ് അല്ലാതെ യജ്ഞത്തിന്റെ ഫലത്തെ ശ്രദ്ധിക്കുകയല്ല യഥാ ഇന്ദ്രാതിഥി രാജ അത് ഇന്ദ്രാധീനം വ്യാപാര തത്ര ഇവരാ അങ്ങനെയാണ് രാജാവിനെ ഇന്ദ്രനെന്ന് ശ്രദ്ധിക്കുമ്പോൾ രാജാവ് ദേവേന്ദ്രനാണെന്നോ ഇന്ദ്രന്റെ കർമ്മങ്ങളെല്ലാം രാജാവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അർത്ഥമൊന്നുമില്ല ഇന്ദ്രാധീനം വ്യാപാര തത്ര ഇവരാ അങ്ങനെയല്ല ഇന്ദ്രന്റെ പ്രവൃത്തി അത് ചെയ്യുന്നവനാണ് രാജാവെന്നുള്ള അർത്ഥത്തിലല്ല അതുപോലെ ഇവിടെ യജ്ഞത്തിൽ നിന്നും പുരുഷാർത്ഥം അത് സ്വർഗ്ഗം അതുകൊണ്ടല്ല യജ്ഞത്തിലൂടെ ബ്രഹ്മചരിയത്തെ സ്വദിച്ച മനസ്സിൽ യജ്ഞത്തിലൂടെ പ്രാപിക്കാൻ കഴിയാത്ത പുരുഷാർത്ഥം ബ്രഹ്മലോകം അതിന് ഉപാസനയിലൂടെ ഉപാസന എന്നുവെച്ചാൽ ബ്രഹ്മചരി സഹിതമായ ഉപാസനയിലൂടെ പ്രാപിക്കാം എന്ന് പരിധിയാണ് ഇവിടെ ശ്രതിക്കുന്നത് ചോദിക്കുന്നത് ഇതിൻ്റെ ഫലത്തെക്കുറിച്ചാണ് ഈ പറയുന്നുണ്ടല്ലോ ബ്രഹ്മലോകം അവിടെ മതീയം സരഹ ആനന്ദുണ്ടാക്കുന്ന ഒരു സരസ് അവിടെ അശ്വത്ഥം പറയുന്നു ഇതൊക്കെ എന്താണ് പാർത്ഥിവണോ ഈ ഭൂമി കാണുന്നത് പോലെയാണോ അതോ സരസ്സെന്ന് പറയുമ്പോൾ വെള്ളമാണോ ലാപ്യമാണോ ജലമയമാണോ അവിടുത്തെ സരസ് അതോ ഇതൊക്കെ മനോമയമാണോ ശരിക്കും നമുക്ക് അവിടെ നടന്ന് നടക്കാമോ അവിടെ സ്ഥലത്തി ഇറങ്ങി ആ വെള്ളം കുടിക്കാമോ ഇതൊക്കെ സാധാരണ സംശയം ഉണ്ടാവുമല്ലോ അതിന് സമാധാനം എന്ന് അടുത്ത് പറയുന്നു